ബ്രഹ്മാണ്ഡത്തെ ആറാമത്തെ മന്ത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അവിടെ മുതല് ഗൂഢപാതീയ കാരികൾ ആരംഭിക്കുകയാണ് ഇത്രയും ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള അവിടെ കരികൾ തുടങ്ങുന്നതിന് ആചാര്യൻ തന്നെ ഇത്ര എഴുതിയിട്ടുണ്ട് അത്ര ഏതി ശ്രോഗാഭവന്തി അനുഭാഷകാരം യക്യാനികനും അത്ര ഏദസ്മി ഏതോ ഉത്യർഥേ ഏദയെ ശ്രോഗാഭവന്തി അത്ര ഏദസ്മി ഇവർ പറഞ്ഞു ഏതോ ഇതുവരെ പറഞ്ഞ എന്താണ് അമീശൻ തജ്ജസൻ പ്രാജ്ഞം വൈഷ്ണവരും ഭിരനേഗർ ഭൻ അന്തദിയം ഇതെങ്ങന അമിയാഗുണദൻ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഭവന്തി ആണ് ഈ കാര്യങ്ങൾ ശ്ലോകങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടടുത്ത കരിക ഇവിടെ രചിച്ചിരിക്കുന്നു ബഹിഷ് പ്രജ്ഞ വിഭറുദ്ജ് ിഥോ ബിശ്യോ ഛന്ദ്രജ്ഞസ്തു തൈജസാ ത്രിധ സ്മൃത ശുദ്ധം പറയുന്നു ബഹിഷ്പ്രജ്ഞ വിഭർ വിശ്വ വിൻ ബഹിഷ് പ്രജ്ഞനാണ് അതേസമയം വിഭൂമിശ്വൻ എന്ന് പറയുമ്പോ ജാഗ്രത് നുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഉണർവിനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവനാണ് വിഷു അത് നമുക്കറിയാം ഓരോ ശരീരത്തിനും പരിച്ഛിന്നായിരിക്കുന്നവനാണ് ഓരോ ശരീരത്തിനും ഞാനൊന്ന് അഭിമാനിച്ചുകൊണ്ട് ഉണർന്നിരിക്കുന്നവനാണ് ആ വിഷുവിനെവിടെ പറയുന്ന എന്താണ് വിഭുവാണ് സർവവ്യാപിയാണ് ഈ ശരീരത്തിൽ കേവലം ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നവൻ എങ്ങനെ സർവവ്യാപിയാകും അപ്പൊ അവിടെ അവൈസ്വാൻ ഭാവത്തെ കൂടി കാണിക്കുകയാണ് എല്ലാം വിശ്വൻ മാത്രമല്ല ഇനി പറയുന്ന തൈജസനും പ്രാജ്ഞനും എല്ലാം വിഭുവാണ് സർവ്വവ്യാപിയാണ് രണ്ട് ഭാവത്തെയും കാണിക്കുന്നു വിഭു സർവ്വവ്യാപി എന്ന് എന്താണ് അതിന്റെ അജീവഭാവത്തെയും പരമാത്മഭാവത്തെയും കാണിക്കുന്നു വിശ്വൻ ശരീരാഭിമാനിയായി ഇരിക്കുമ്പോൾ അജീവഭാവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ പരമാത്മഭാവത്തിനും ഇരിക്കുന്നു അതുമാത്രമല്ല ആ വിശ്വൻ തന്നെയാണ് അടുത്ത് തേജസ്സനായും പ്രാജ്ഞനായും ഇരിക്കുന്നത് നമ്മുടെ വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ എന്നിങ്ങനെ വേറിട്ട് ശബ്ദം പ്രയോഗിക്കുന്നതും സ്ഥൂലസൂക്ഷ്മ കാരണങ്ങളെന്നെല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇവയുടെ ഭേദത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് മറിച്ച് ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് പക്ഷെ ഇത് ഒന്നാണെന്നും നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യപ്പെട്ടില്ലെന്ന് വരും അതുകൊണ്ടാദ്യം അതിന്റെ ഭേദത്വം മനസ്സിലാക്കിയിട്ട് അവസാനം ഒന്നാണെന്ന് പറയും പര്യായണ ത്രിസ്ഥാനത്വ അപ്പൊ മാറി മാറി ഓരോ സ്ഥാനത്തിലും നിലനിൽക്കുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിലും നിലനിൽക്കുന്നു എന്നാൽ സ്വഹമിതി സ്മൃത്യ പ്രതിസന്ധാന അവൻ തന്നെയാണ് ഞാൻ എന്നിങ്ങനെ പ്രത്യഭിജ്ഞ അത് തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന അനുഭവത്തെയാണ് പ്രത്യഭിജ്ഞാ അത് തന്നെ ഇതെന്നറിയുമ്പോൾ അതിന് പ്രത്യഭിജ്ഞിജ്ഞയും സ്മൃതിയും രണ്ടും രണ്ടാണ് ഒരു സ്ഥലത്ത് ആനയെ കണ്ടു എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് സ്മരിക്കുന്നു ഞാനൊരു ആനയെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സ്മൃതിയാണ് മുമ്പ് ഒരയെ കണ്ടു അതേ ആന ഇപ്പോ മുമ്പ് ഇപ്പോ പറയുന്ന എന്താണ് അന്ന് കണ്ട ആനയാണ് ഈ മുമ്പ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യഭിജ്ഞം എന്ന് പറയുന്നത് പ്രത്യഭജ്ഞയാണ് കേവലം സ്മൃതി അല്ല എന്തുകൊണ്ട് ആ ജാഗ്രത്തിലിരുന്നവൻ അവൻ തന്നെയാണ് സ്വപ്നത്തിലിരിക്കുന്നത് സ്വപ്നത്തിലിരിക്കുന്നവൻ തന്നെയാണ് സുഷ്ടിയിലിരിക്കുന്നത് എന്നറിയും അല്ലെങ്കിൽ ജാഗ്രത്തിലിരുന്നുകൊണ്ടിപ്പോ അറിയും എന്താണോ ഞാൻ തന്നെയാണ് സൃഷ്ടിയിൽ ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടന്നത് ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടവൻ ഈ രീതിയിലുള്ള പ്രത്യിജ്ഞയിലൂടെ എന്ത് ചെയ്യുന്നു തന്നെ സ്വയം തന്നെ പ്രത്യഭിജ്ഞയിലൂടെ വിശദീകരിക്കുന്നത് കൊണ്ട് എന്ത് മനസ്സിലാകുന്നു തന്റെ തന്നെ ഏകത്വത്തെ മനസ്സിലാക്കുന്നു സ്ഥാനത്തെ വ്യതിരിക്തത്വം ഒന്നുകൂടി മനസ്സിലാക്കുന്നു എന്താണ് താനീയത്തിൽ നിന്നും ഭിന്നനാണ് താൻ ജാഗ്രത സ്വപ്നത്തിൽ നിന്ന് ഭിന്നനാണ് സുഷുപ്തിൽ നിന്നും ഭിന്നനാണ് സ്ഥാന വ്യതിരിക്തം എന്തുകൊണ്ട് ആ സ്ഥാനത്തെ വിട്ടിട്ടും താൻ നിലനിൽക്കുന്നു സുഷുപ്തിയെയും സ്വപ്നത്തെയും വിട്ടിട്ടും ജാഗ്രത നിലനിൽക്കുന്നു എന്തായാലും ആ സ്ഥാനങ്ങളിൽ നിന്ന് വേദതിരിക്കാൻ വയ്യാത്തവനല്ല മറിച്ച് തനിക്ക് സ്വയം തന്നെ വേദതിരിക്കാൻ കഴിയും എല്ലായിടത്തും സോഹം ഞാൻ തന്നെ ഞാൻ തന്നെയെന്ന് അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ഏകനുമാണ് ഈ എല്ലാ അവസ്ഥകളെയും തനിക്ക് വിടാൻ കഴിയും അങ്ങനെ ജാഗ്രത സ്വപ്നത്തിൽ ജാഗ്രത്തില്ല സുഷുക്തിയിലിത് രണ്ടുമില്ല ജാഗ്രതയിലത് സുഷക്തിയില്ല ഈ രീതിയിൽ ഈ അവസ്ഥകൾ പരസ്പരം സ്വയം തന്നെ നിഷേധിക്കപ്പെടും തന്നിൽ ഇതില്ലാതായിട്ടും അതുകൊണ്ട് താൻ ഈ അവസ്ഥകളിൽ നിന്നും വേറിട്ടവനാണ് ശുദ്ധനാണ് അതുകൊണ്ട് തന്നെ അസംഗനാണ് ഈ ഒരവസ്ഥയോടും തനിക്കെപ്പോഴും നീക്കേണ്ടി വരുന്നു ഈ അവസ്ഥയോടെല്ലാം ചേർന്നിരുന്നാലും മറ്റൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ അവസ്ഥയുടേതായ യാതൊരു ബന്ധനങ്ങളും തന്നില്ല ജാഗ്രതത്തിലെ അനുഭവങ്ങൾ ജാഗ്രത്തിലെ സുഖദുഃഖങ്ങൾ ജാഗ്രതത്തിലെ സംസാരം ഇതൊന്നും സംസാരാനുഭവങ്ങൾ ജനനമരണാദി അനുഭവങ്ങൾ ഇതൊന്നും സുഷൃപ്തിയിലില്ല ഇതൊന്നും സ്വപ്നത്തിനുമില്ല അപ്പോൾ താൻ ഇതിൽ നിന്നും നല്ല ആസങ്കനാണ് ഇതെല്ലാം ഇവിടെ സിദ്ധമാകുന്നു അതുകൊണ്ടിവിടെ പറഞ്ഞെന്താണ് ഏക ഏവ ത്രിധാസ്മിത ഒരുവൻ തന്നെയാണ് ഒരുവൻ എങ്ങനെയാകും എന്ന് ചോദ്യം വരും ആദ്യം നേരിട്ട് പറയുകയാണ് നിയേകനാണ് അസംഖനാണ് ശുദ്ധനാണ് അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം തന്റെ അനുഭവത്തെ വിശദീകരിക്കുന്നു തന്റെ അനുഭവത്തെ വിശദീകരിച്ചിട്ട് അതിലൂടെ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു അപ്പോൾ ദ്വൈതമാണ് നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവം അദ്വൈതം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് അവിടെ ദ്വൈതത്തിലൂടെ അദ്വൈതത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ മൂന്നനുഭവങ്ങളിലൂടെ ആദ്യം വിശദീകരിച്ചിട്ട് ഒടുവിൽ തുരീയമാണ് എന്ന് ബോധിപ്പിക്കുന്നു അതുകൊണ്ട് ആത്യന്തികമായി ഏകത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് പരമാർത്ഥവും ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആദ്യത്തെ ഈ വിശദീകരണം എല്ലാം നടക്കുന്നത് ഇതിലൂടെ മാത്രമേ അത് മനസിലാക്കാൻ പറ്റൂ അദ്വൈതത്തിലൂടെ കടന്നുപോയെ അദ്വൈതത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നുള്ളത് പറയുന്നു അതിന് ഭാഷകാരൻ പറയുന്നു മഹാമത്സ്യാദി ദൃഷ്ടാന്തശ്രുദേഹി മഹാമത്സ്യ ദൃഷ്ടാന്തം പറ്റും പറയുന്നു ചാന്തോഗ്യത്തിനും പറ്റും ഒരു മത്സ്യം വളരെ ഒഴുക്കുള്ള ഒരു നദീ മത്സ്യം തിമിംഗലം സഞ്ചരിക്കുന്നു പറയുന്നു വളരെ വലുതാണ് നദി പക്ഷെ ആ സഞ്ചരിക്കുന്ന ആ തിമിംഗലം ആ ജലത്തിന്റെ ഒഴുക്കിനെ ഒട്ടും വകവെക്കാതെ സഞ്ചരിക്കുന്നു ആ മത്സ്യത്തിന്റെ സ്ഥാനത്താണ് ഈ ജീവൻ ഒഴുക്കിന്റെ സ്ഥാനത്താണ് ഈ അനുഭവം ഈ അനുഭവങ്ങളല്ല ആ നദിക്ക് രണ്ട് കരകളും ആ മത്സ്യം രണ്ട് കരയിലേക്കും പോകുന്നു അത് ജാഗ്രത്തിലേക്കും പോകുന്നു സൃഷ്ടിയിലേക്കും പോകുന്നു പക്ഷേ ആ മത്സ്യത്തിന് ഈ കരകളുമായിട്ട് യാതൊരു ബന്ധവും അതെപ്പോഴും ജലത്തിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അത് അത് ആ ഒഴുക്കിന് ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ കഴിയുന്നു ഈ അജ്ഞാനത്തിന് ജീവനെ ബന്ധിക്കാൻ കഴിയുന്നു അതിൽ ഇരുന്നു കൊണ്ട് തന്നെ ആജ്ഞാനത്തിന് കീഴ്പ്പെടുന്നത് പോലെ ഭാവിച്ച് ആ ജീവൻ സദാ അജ്ഞാനത്തിൽ നിന്ന് സ്വതന്ത്രനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് ദൃഷ്ടാന്തം ശകുനി ദൃഷ്ടാന്തം പക്ഷിയുടെ ദൃഷ്ടാന്തം പക്ഷി ആകാശത്ത് പിറക്കും അതിന് എന്നാൽ അത് ആകാശത്തെ അവലംബിച്ചാണ് പറക്കുന്നത് അതുപോലെ ഈ ജീവൻ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വാസ്തവത്തിൽ ഈ അവസ്ഥകൾക്കൊന്നും ഈ ജീവനെ ബന്ധിക്കുന്നതിന് ശേഷിയില്ല അത് സദാസ്വതന്ത്രമായി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതവസാനം പറയുന്നതാണോ ബന്ധനം എന്ന് കരുതുമ്പോഴും അവൻ നിത്യമുക്തനായി തന്നെയിരിക്കുന്നു അതാണ് പരമാർത്ഥം ആ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് ഇവിടെ ബന്ധനത്തെ വിശദീകരിക്കുന്നു ബന്ധനം സത്യമൊന്നു ബോധിപ്പിക്കാൻ വേണ്ടിയു ബന്ധനത്തിലൂടെ പരമാർത്ഥത്തിൽ എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ടത് ബോധിക്കും മഹാമത്സ്യ ദൃഷ്ടാന്തവും ശൌന്യ ദൃഷ്ടാന്തവും എല്ലാം ഉപൻസത്തി കൊടുക്കുന്ന എന്താണോ ആത്മാവിന്റെ നിത്യമുക്തയായി കാണിക്കാൻ വേണ്ടി അത് സദാ അസന്ധനായി തന്നെ കഴിഞ്ഞു അതിനെ ബന്ധിക്കുന്നതിന് ഒന്നും ഇല്ല അവസാനം പറയുന്നതാണോ ഇവിടെ മുക്തനുമില്ല ബന്ധനുമില്ല എന്ന് പറയും അതിന്റെ സ്വരൂപസ്ഥിതിയിൽ മുക്തിക്ക് ബന്ധനത്തിന് ശേഷം പ്രാപിക്കേണ്ട ഒരു മുക്തിയില്ല കാരണം അവിടെ ബന്ധനത്തെ പ്രാപിച്ചിട്ടില്ല എന്നെല്ലാം പറയും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവൻ ഏകനായി സ്ഥിതി ചെയ്യുന്നു ശിഷജോ ബിഭർ വിശ്വപ്രു തൈജസാ യുഗേ ത്രിധാസ്മൃതാക്ഷി मुखे വിശ്വ മനസ്യന്തസ്തു തൈജസ ആഹൃതിവസ്ഥ വിശ്വാദീന ത്രയാണവദർശനോ അയം ശ്ലോക ദക്ഷിണ വിശ്വൻ തൈജസന് പ്രാജന ലിംഗനെ ഒരേ ആത്മാവിനെ തന്നെ മൂന്നവസ്ഥകളിൽ നമുക്ക് പരിചയപ്പെടുത്തി ഇവിടെ അങ്ങനെയല്ല ആ ഏകനായ ജീവൻ ഈ ജാഗ്രത അവസ്ഥയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു വിശ്വൻ ആണ് ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇവിടെ പറയുന്നത് എന്താണോ ഇവിടെ തന്നെയുണ്ട് ആ പ്രാചനും തൈജസ്സനും അതിനുവേണ്ടി നമ്മൾ സ്വപ്നത്തിലേക്കും സുഷൃത്തിയിലേക്കും ഒന്നും പോയേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണോ ഈ ജാഗ്രത് എന്ന് പറയുന്നത് സ്ഥൂലൂഷ രൂപമാണ് എന്തിന്റെ സ്ഥൂലത്തിനു മുമ്പ് ഒരു സൂക്ഷ്മം ആ സൂക്ഷ്മതയുടെ സ്ഥൂല സൂക്ഷ്മം കാരണവും സ്ഥൂലം കാര്യവുമാണെന്നോ അപ്പൊ കാര്യം എപ്പോഴും കാരണത്തെ സ്ഥിതി കാര്യത്തിനൊരിക്കലും കാരണത്തെ വിട്ടു നിൽക്കാൻ കഴിയത്തില്ല അന്നേ ഇവിടെ ശരിയായ കാര്യ കാരണഭാവം വരത്തുള്ളൂ അപ്പൊ ഈ ജാഗ്ര ഈ സ്ഥൂലഭാവങ്ങളെല്ലാം ഇപ്പോ തന്നെ ഈ ഇരിക്കുകയാണ് അപ്പൊ സൂക്ഷ്മവും ജാഗ്രത തന്നെ ഇത് രണ്ടും എവിടെ നിന്നുണ്ടായി കാരണത്തിൽ നിന്നുണ്ടായി ജാഗ്രതാ സൂക്ഷ്മത്തിലിരിക്കുന്നു ആ സൂക്ഷ്മം കാരണത്തിലിരിക്കുന്നു അതുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവും കാരണത്തിലിരിക്കുന്നു എവിടെ ഇപ്പോ അങ്ങനെ നാനാരൂപത്തിലുള്ള പാത്രങ്ങൾ മണ്ണിലിരിക്കുന്നു നാനാരൂപത്തിലുള്ള ആഭരണങ്ങൾ സ്വർണത്തിലിരിക്കുന്നു അതുപോലെ സൂക്ഷ്മ സ്ഥൂല രൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം അതിന്റെ കാരണത്തിലിരിക്കുകയും എപ്പോ സദാസു സദാകാലത്ത് അതുകൊണ്ട് ഇവിടെ തന്നെയല്ലാമുണ്ട് ഈ ജാഗ്രത്തിൽ തന്നെ ഈ ജാഗ്രത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ജാഗ്രത് സുഷുതിയുടെ സൃഷ്ടിയാണെന്ന് പറയുന്നു എന്തുകൊണ്ട് ആ സുഷുക്തിയിൽ നിന്ന് സൂക്ഷ്മമുണ്ടായി ആ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടായി എന്നെല്ലാം പറയും ഇതാണ് അദ്വൈതത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എങ്ങനെ ധരിക്കുന്നു ഈ കാണുന്നതെല്ലാം എന്റെ ഉറക്കത്തിൽ നിന്നുണ്ടായതാണോ വേറെന്നുകൂടി ധരിക്കുന്നുണ്ട് എന്താണോ ഈ കാണുന്നതെല്ലാം എന്റെ ഉറക്കത്തിൽ വിജയിച്ചു പോകുന്നു എന്റെ ഉറക്കത്ത് ഇതെല്ലാം എന്റെ ഉറക്കത്തിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം എന്റെ ഉറക്കത്തിൽ വിജയിച്ചു പോകുന്നു പറയുന്നത് ഈ ഒരു തത്വത്തെ വിശദീകരിക്കുന്നോണ്ടാണ് എന്താണോ കാരണത്തിൽ നിന്ന് സൂക്ഷ്മം ഉണ്ടായി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഉണ്ടായിന്ന് പറഞ്ഞിരിക്കുന്ന അതിവിടെ വിശദീകരിക്കും നമ്മൾ ധരിക്കുന്ന പോലെയല്ല ഈ കാണുന്നത് ദൃശ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഉറക്കത്തിൽ നിന്നുണ്ടായതല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താശേഷിയുള്ള കുട്ടികൾ പോലും ഈ അദ്വൈതത്തെ അംഗീകരിക്കത്തില്ല അങ്ങനെ പറഞ്ഞു എന്റെ ഉറക്കത്തിൽ നിന്ന് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞു മറിച്ച് എന്താണോ ഈ ജാഗ്രത് അത് എന്റെ ഉറക്കത്തിൽ നിന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അത് ശരിയാണ്ട് സ്വപ്നം ഉറക്കത്തിൽ നിന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ ഈ കാണുന്നതൊക്കെ എന്റെ ഉറക്കത്തിൽ നിന്നുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണ് ഇതൊക്കെ ഇവിടെ നിന്നുണ്ടായിപ്പോ അതിന് എത്രയോ ഭാഗങ്ങൾ സമാധാനം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവ്യാകൃതനിൽ നിന്നുണ്ടായി അവ്യാകൃതനായിരിക്കുന്നവന്റെ മനഃസ്പന്ദനമാണ് അല്ലെങ്കിൽ മായാസ്പന്ദനമാണ് ഈ സൃഷ്ടി അതിനെ കാണുന്ന ആ ജാഗത്ത് ആ ജാഗ്ര ഈ പ്രാജ്ഞനിൽ നിന്നുണ്ടായതാണ് മറ്റത്വ്യാകൃതനിൽ നിന്നുണ്ടായി ഇവിടെ രണ്ട് പ്രപഞ്ചമുണ്ട് ഈ പ്രാജ്ഞൻ സൃഷ്ടിക്കുന്ന ഒരു പ്രപഞ്ചം ആ പ്രാജ്ഞൻ സൃഷ്ടിച്ച പ്രപഞ്ചമാണ് ഇവിടെ പറയുന്നത് ഈ ജാഗരിതാവസ്ഥ അവൻ സൃഷ്ടിച്ച പ്രപഞ്ചമാണ് ഈ സ്വപ്നാവത്ത് അത് തിരിച്ചവിടേക്ക് തന്നെ പോകും പ്രാജ്ഞനിലേക്ക് തന്നെ പോവും നമ്മുടെ ഈ ഉണർവ് തിരിച്ചുറക്കത്തിലേക്ക് തന്നെ പോവും നമുക്ക് സംശയമില്ല നമ്മുടെ അനുഭവം എങ്ങനെയാണ് യുക്തിക്ക് നിരക്കുന്നത് അതാണ് ഓരോ ജീവനും അവന്റേതായൊരു പ്രപഞ്ചമുണ്ട് സൂക്ഷ്മത്തിൽ അത് സ്വപ്ന ജാഗ്രത്തിലത് ഉണർവിന്റെ രൂപത്തിൽ ഇതെല്ലാം ലയിക്ക് ഇവിടെ അത് കൂടുതൽ വിശദീകരിക്കും ഈ പ്രപഞ്ചത്തെ അറിയുന്ന നമ്മുടെ പ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്ന എന്താണ് ഈ പ്രപഞ്ചത്തെ എല്ലാം ഈശ്വര ശ്രഷ്ഠമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഉണർവ് അതിനകത്തെന്തെണ്ണം വരുന്നു തുച്ഛമായ അഹന്ത അല്ലെങ്കിൽ എല്ലാത്തിനും എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന അഹന്ത ഇവയെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നമ്മുടെ ചിത്തവൃത്തികൾ അനുഭവങ്ങൾ അതിന്റെ സ്മരണകൾ അതിനെല്ലാം സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ ഭൂതത്തെക്കുറിച്ചുള്ള സ്മരണകളും ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഇതെല്ലാമാണ് നമ്മുടെ ഉണർവ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം സൃഷ്ടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓരോ ജീവന്മാരുടെയും പ്രാജ്ഞന്റെ സൃഷ്ടിയാണ് ഈ സൃഷ്ടിയിലൂടെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ അവ്യാകൃതന്റെ സൃഷ്ടി അവ്യാകൃതന്റെ സൃഷ്ടി എന്താണ് ഈ കാണുന്ന ഭാഷ്യമായി കാണുന്ന സ്ഥൂലമായി കാണുന്ന ഇതല്ല അതിനെ സൂക്ഷ്മമായ തന്റെ കർണങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കർണം എന്ന് പറയുമ്പോൾ അഹന്ത തുടങ്ങിയ എല്ലാം കർണങ്ങളാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഇതെല്ലാം കർണങ്ങളാണ് ഇവ കൊണ്ട് ഈ ബാഹ്യപ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നോക്കു പറയാൻ ഇവിടെ അന്തരിയാമി എന്നാണ് അതിനെ വിളിക്കുന്ന ഇവിടെ അത് സൃഷ്ടമായ പ്രപഞ്ചത്തെ ആ അന്തരിയാമി എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു സൂക്ഷ്മമായും സ്ഥൂലമായും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ആ സൂക്ഷ്മമായ പ്രപഞ്ച സൃഷ്ടി അതിൻ്റെ ഒരു ലേശം മാത്രമേ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ അതിന്റെ സമഗ്രതയിൽ അതിനെ നമ്മൾ പറയും ഹിരണ്യഗർഭൻ സ്ഥൂലമായ പ്രപഞ്ച സൃഷ്ടി അതിന്റെ ഒരു ലേശമേ നമുക്ക് അനുഭവ വിഷയമാവുന്നു അതിന്റെ സമഗ്രതയിൽ അതിനെപ്പറിയുന്നതാണ് ഹിരണ്യഗർഭൻ ഇതാണ് നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് നമ്മുടെ ആ അനുഭവ നമ്മൾ ഉണർവ്വെന്ന് പറയുന്നത് ജാഗ്രതത്തിൽ അതീ പ്രാജ്ഞന്റെ സൃഷ്ടിയാണ് സുഷുപ്തിയിലെന്ത് സംഭവിക്കുന്നു പ്രാജ്ഞനെന്താണോ സൃഷ്ടിച്ചത് അത് തിരിച്ചു പ്രാജ്ഞനിലേക്ക് പോകും പ്രാജ്ഞനോട് രേകീഭവിക്കും അവനെന്തൊക്കെയാണ് സൃഷ്ടിച്ചത് ഈ ഉണർവിനെ സൃഷ്ടിച്ചു അവന് സൃഷ്ടിച്ചതെല്ലാം അവനിലേക്ക് തന്നെ തിരിച്ചു പോവും ഇന്ദ്രിയങ്ങൾ ഉറക്കത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല അതവിടെ പോയി അതിനിടെ പറയുന്ന അവന്റെ ആമുഖമായിട്ട് പറയുക ഇവിടെ സമ്മർഗവിദ്യയെ പറയും ശാന്തോപ്യത്തിൽ വായിച്ചു നാലാം അധ്യായത്തിലോ മറ്റോ തോന്നുന്നു ശരിയായ ഓർമ്മയില്ല ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിന് ശേഷം വരുന്ന സമ്മർഗവീതി സമ്മർഗവീതിയിലെന്താണ് പറയുന്നത് അവിടെ ഈ പ്രപഞ്ചത്തിന്റെ വിലയത്തെക്കുറിച്ചും ജീവന്റെ വിലയത്തെക്കുറിച്ചും കണ്ടും പ്രത്യേകം പ്രത്യേകം പറയുന്നു എന്നുവെച്ചാൽ ആധ്യാത്മികമായ വിലയത്തെക്കുറിച്ചും ആധി ദൈവികമായ വിലയത്തെക്കുറിച്ചും പറയും ആധ്യാത്മികമായ വിലയവെന്ന് പറയുന്നത് എന്താണോ ഈ ജാഗ്രത നമ്മുടെ ഈ ഉണർവ് ഇതെല്ലാം തന്നിലേക്ക് തന്നെ ആ ജീവനിലേക്ക് തന്നെ വിലയിക്കുന്നു അതൊരു ലയം നമ്മുടെ ഉണർവ് നമുക്ക് ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നു ഇതെന്റെ പരമാർത്ഥം നമ്മുടെ അനുഭവം അങ്ങനെയല്ല നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല അവിടെ പറയുന്നു അതെല്ലാം പ്രാണനിലേക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ ഉറക്കത്തിൽ സ്വയം നമുക്കറിയാൻ കഴിയുന്നില്ലെങ്കിലും ഉറങ്ങുന്നവനെ നോക്കിയാലോ അവിടെ പ്രാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ മനസ്സ് പ്രവർത്തിക്കുന്നു അവന്റെ ഇന്ദ്രിയങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ആ ജീവന് നിലനിൽക്കുന്ന ആ ശക്തി അതാണ് ഇന്ദ്രിയങ്ങൾ പുറമെയുള്ള കണ്ണും ചെവിയൊന്നുമല്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ട് ഉറങ്ങുന്നവനും പക്ഷെ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ടവൻ കാണുന്നില്ല കേൾക്കുന്നില്ല അതന്നെ അവിടെ പോയി അതും ആ പ്രാണനിലേക്ക് വിലയിച്ചു പ്രാണൻ മാത്രം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ പ്രാണനോ അതാ ജീവനോട് ഏകീഭവിച്ചിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നതും ഉറങ്ങുന്നവരിൽ കാണുന്ന ഇതാണ് ഇതിനെയാണ് ആധ്യാത്മിക സമ്പർക്കം വിലയെന്ന് അവിടെ പറയുന്നു ഉറക്കത്തിൽ ഇത്രേ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഉണർവ് അവിടെ നഷ്ടപ്പെടുന്നു ഇതെല്ലാം വിജയിക്കുന്നു പ്രാണലിലേക്ക് വിലയിച്ച് ജീവനോടെ ഏകീഭവിച്ചിരിക്കുന്നു പുറമെ കാണുന്നതോ അതൊന്നും അവിടെ വിലയിക്കുന്നില്ല അത് വിലയിക്കുന്നത് എവിടെയായിരിക്കും അവ്യാകൃതങ്ങളാണ് അതിനൊന്നും ഈ ജീവനിൽ വിലയിക്കാൻ കഴിയത്തില്ല പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതകാര്യങ്ങളായിരിക്കുന്ന പൃഥിവി അപ്പു തേജസ് തുടങ്ങിയോയി ഇതൊന്നും വന്ന് ഈ ആധ്യാത്മിക പ്രാണനു വിലയും പ്രാപിക്കുന്നുണ്ടോ എന്നവിടെ സ്പഷ്ടമായി പറയുന്നു അത് ഈ സമഷ്ടി പ്രാണനു വിലയും പ്രാപിക്കുന്നു എന്ന് പറയാം ആ പ്രാണനിലേക്ക് വായു വിലയും പ്രാപിക്കുന്നു ആ പ്രാണനിലേക്ക് ജലം വിലയും പ്രാപിക്കുന്നു അതവിടെയാണ് വിലയും പ്രാപിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമുക്ക് നമ്മുടെ കാര്യമേ അറിയാൻ പറ്റും അനന്ത ജീവന്മാരിൽ ഒരുവൻ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ആതിദൈവിക പ്രളയം അവിടെ സംഭവിക്കുന്നുണ്ട് ആധ്യാത്മിക പ്രളയമേ സംഭവിക്കുന്നുള്ളൂ ഇനി ആതിദൈവിക പ്രളയം സംഭവിക്കുന്നതായിട്ട് ശ്രുതി പറയും പക്ഷെ ആ പ്രളയത്തെ ദർശിക്കുന്നതിന് നമ്മൾ ഒരിക്കലും അവിടെ ദർഷ്ടാക്കളായി നിക്കത്തില്ല എന്തുകൊണ്ട് ആധി ദൈവിക പ്രപഞ്ചത്തിന്റെ കേവലം ഒരു അംശം മാത്രമാണ് നമ്മൾ അതിന്റെ പ്രളയത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഇവിടെ ആരും കണക്കില്ല നമ്മൾ സാക്ഷാത്കരിക്കുന്ന പ്രളയം എന്താണ് ഈ വ്യഷ്ടിയിലെ പ്രളയം നമ്മുടെ സ്വന്തം പ്രളയം പോലും സ്വയം സുഷുപ്തിയെക്കുറിച്ച് പോലും നമുക്ക് അറിയാൻ കഴിയുന്നു നമുക്കറിയാൻ കഴിയുന്നതും മറ്റുള്ളവർ ഒരുവിന്റെ സുഷുപ്തിയാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇതെല്ലാം വിജയിച്ചിരിക്കുന്നു അത്രമാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ സുസൃത്യിൽ അല്ലാതെ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഒന്നും വന്ന് തന്നിൽ വിലയിക്കുന്നില്ല എന്തുകൊണ്ട് ഇതൊന്നും തന്നിൽ നിന്നല്ല ഉണ്ടായത് അതെല്ലാം ഉണ്ടായത് അവ്യാകൃതനിൽ നിന്നാണ് തിരിച്ചവിടേക്കേ അതിന് പോകാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ രണ്ടായി പറയുന്നത് എന്താണൊന്ന് ആധ്യാത്മിക പ്രളയം മറ്റൊന്ന് ആധി ദൈവിക പ്രളയം ഇതാണ് അനുഭവത്തിൽ നിരക്കുന്നതും യുക്തിക്ക് നിരക്കുന്നു അതല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് ശേഷി അതേസമയം ഈ ജീവനൊരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അതും പറയുന്നു ജീവന്റെ സൃഷ്ടിയെക്കുറിച്ചും ജീവന്റെ പ്രളയത്തെക്കുറിച്ചും പറയുന്നു അതെന്താണ് അവന്റെ ഈ ജാഗ്രതും സ്വപ്നവും സുഷൃക്തിയാണ് ഈ ജാഗ്രത എന്ന് പറയുന്ന ഉണർവ് അത് ഈ സൃഷ്ടിയാണ് അവന്റെ പ്രപഞ്ചമാണ് കാരണം അവിടെ അവന്റെ ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സും എല്ലാം കൂടിച്ചേർന്നൊരു വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ഈ ജാഗ്രത ജീവൻ ഈ ഉണർവിൽ ജാഗ്രത്തിൽ ജീവിക്കുന്നതും ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തിലല്ല അവൻ തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലാണ് അവൻ ജീവിക്കുന്നു ഈശ്വര സിഷ്ടമായ പ്രപഞ്ചത്തിനോട് അവൻ ബന്ധപ്പെടുന്നേ ഉള്ളു പക്ഷെ കൂടുതൽ സമയം അവൻ കഴിയുന്നവിടെ തന്റെ തന്നെ പ്രപഞ്ചത്തിലാണ് അല്ലേ തന്റെ തന്നെ മാനസിക പ്രപഞ്ചത്തിലാണ് അതിനോട് താതാന്മ്യപ്പെട്ടാണ് ജീവൻ കഴിയുന്നത് അതിനവൻ ബാഹ്യമായ ഒരാരംഭമായി മാത്രം ഈശ്വരശിഷ്ടമായി പ്രപഞ്ചത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളു അതുകൊണ്ട് ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ജാഗ്രതയിൽ തന്നെ അവൻ സജസ്സനായും പ്രാജ്ഞനായും നിലനിൽക്കുന്നു അതിനുവേണ്ടി അവന്റെ ആ ഭാവത്തെ അറിയാൻ വേണ്ടി നമ്മൾ സ്വപ്നത്തിലേക്കും സൃഷ്ടത്തിലേക്കും ഒന്നും പോയേണ്ട കാര്യമില്ല എന്നാണ് അവന്റെ ഈ ഉണർവൽ ഈ ജാഗ്രതയിൽ തന്നെ അവൻ അങ്ങനെ നിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ജാഗ്രതാവസ്ഥായാമയോ വിശ്വാധീനാം ത്രയാണം അനുഭവ പ്രദർശനാർത്ഥം ഈ ജാഗ്രതാവസ്ഥയിൽ തന്നെ അവൻ വിശുവിനായും തൈജസ്സനായും നിൽക്കുന്നു എന്ന് ബോധിപ്പിക്കുന്നതിനു വേണ്ടി അയം ശ്ലോകം അതിനാണ് ഈ ശ്ലോകം ദക്ഷിണാക്ഷി മുഖേ വിശു ദക്ഷിണമാക്ഷിയവ മുഖം തസ്മ പ്രാധാന്യാനം വിശു അനുഭൂയം എന്ന് പറയുന്ന എന്താണ് ബാഹ്യമായത് ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചം അതാണ് സ്ഥൂലം താൻ സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചം എന്താണ് അത് സൂക്ഷ്മമാണ് ജീവന സ്ഥൂല പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ശേഷി അല്ലെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം അതാണ് താൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്ഥൂലത്തെ വിശ്വൻ എന്ത് ചെയ്യുന്നു അനുഭവിക്കുന്നു ആ ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ താൻ അനുഭവിക്കുന്നതാണ് തന്റെ സംസാരം എന്ന് പറയുന്നത് ഈ ജനന മരണങ്ങളെല്ലാം അതാണ് ജാഗ്രത്തിന്റെ കാര്യം ഇവിടെ പറയുന്നു ജാഗ്രത്തിൽ ുന്നു ദക്ഷിണം അക്ഷയവും വലത്തെക്കണ്ണിനാണ് അവന്റെ ഇരിപ്പെന്നാണ് ഈ വിശ്വന്റെ നിലനിൽപ്പ് ജീവൻ വിശ്വഭാവത്തിൽ വിശ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവന്റെ അവലംബനം അത് വലത്തെ കണ്ണിലാണെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജാഗ്രത എന്ന് പറയുമ്പോൾ അവിടെ ഉണർവിന് പ്രാധാന്യമുള്ള അവസ്ഥ സ്ഥൂലമായ വിഷയങ്ങളെ അറിയുന്ന ഉണർവിന് പ്രാധാന്യമുള്ള അവസ്ഥ സ്വപ്നത്തിനും ഉണർവിന് പ്രാധാന്യമുള്ള അതിൽ നിന്ന് വ്യത്യാസം എന്താണോ അവിടെ സൂക്ഷ്മമായ വിഷയങ്ങളെ അറിയുന്ന ഉണർവിനാണ് അവിടെ പ്രാധാന്യം ഇവിടെ അങ്ങനെയല്ല സ്ഥൂലമായ വിഷയങ്ങൾ മറ്റൊന്നിവിടെ ബാഹ്യമായ വിഷയങ്ങൾ ബാഹ്യമായ വിഷയങ്ങളെ അറിയുന്നതിനാണവിടെ പ്രാധാന്യം അതുകൊണ്ട് അതിന് സ്വപ്ന അനുഭവത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇവിടെ ഈശ്വരശ്രിഷ്ടമായ വിഷയങ്ങൾക്കുള്ള പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്താണോ ഈശ്വര സിഷ്ടമായ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിനും ആ പ്രപഞ്ചഗ്രഹണത്തിന് ഈ വിശ്വനെ പ്രധാനമായി സഹായിക്കുന്നതെന്താണ് അവന്റെ തക്ഷുരേന്ദ്രിയം മറ്റേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെങ്കിലും മുഖ്യമായി അതിന് സഹായിക്കുന്ന എന്താണ് പ്രകാശം അതിനുഗ്രഹിക്കുന്ന എന്താണ് തക്ഷുന്ദ്രിയം അവിടെ ഈശ്വര സിഷ്ടമായതിൽ മുഖ്യമായിരിക്കുന്നു ചക്ഷുരിന്ദ്രിയത്തിനെ സഹായിക്കുന്നു അവിടെ പറയും ദേവതാനുഗ്രഹത്തോടു കൂടി ചക്ഷുരിന്ദ്രിയൻ പ്രവർത്തിക്കുന്നു ദേവതാനുഗ്രഹം ചക്ഷുരിന്ദ്രിയത്തിന് ശക്തി കൊടുക്കുന്നു ചുരിന്ദ്രിയ സൂക്ഷ്മമാണ് സൂക്ഷ്മമായ ആ ഇന്ദ്രിയത്തിന് ശക്തി കൊടുക്കുന്ന ഒരാദി ദൈവിക രൂപമുണ്ട് അതാണ് ചക്ഷുരിന്ദ്രിയത്തിന്റെ ദേവതാ എന്നത് ഈ വിശുവിനെന്ന് അനുഭവപ്പെടുന്നത് എന്താണോ ഈ ആദ്യ ആധ്യാത്മികമായ ഭാവങ്ങളാണ് എന്നുവെച്ചാൽ ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവങ്ങളെ അനുഭവപ്പെടുന്നു അവിടെ തന്നെ ആതിദൈവികമായ ഭാവമാണ് അതാണ് ഈ ചക്ഷിരേന്ദ്രിയത്തിന് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ദേവത എന്ന് പറയുന്നു അതിന്റെ ആദി ദൈവികമായ ഭാവം സൂക്ഷ്മമായ ഭാവം ആ ഭാവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ചക്ഷുരേന്ദ്രിയം സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ജാഗ്രതത്തിലെ ഏറ്റവും മുഖ്യമായ ജീവന്റെ പ്രവൃത്തി അതിന് ആശ്രയിക്കുന്നതിന് കണ്ണിന് അതിൽ പ്രാധാന്യതിന് വലത്തെ കണ്ണിനാണ് അതല്ലേ കണ്ണ് കേടായിട്ട് ഡോക്ടറെടുത്ത് എന്ന് ആ വലത്തേ കണ്ണ് അടച്ചിട്ട് ഇടത്തെ കണ്ണിലൂടെ നോക്കുക എന്നെ പറയും എടുത്തത് അടച്ചിട്ട് വലത്തിലൂടെ നോക്കൂ എന്നിട്ട് രണ്ടിനും രണ്ട് ലെൻസ് ഒഴിച്ച് രണ്ടു പെരുപോലെയല്ല പ്രവർത്തിക്കുന്നു ഒന്ന് കേടായി മറ്റേ കുറച്ചുകൂടി കേടായി എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു രണ്ടു പരിപോലെയുള്ള പ്രവർത്തിക്കുന്നു അത് വലത്തിനൊരു പ്രാധാന്യമുണ്ട് ആരെയെങ്കിലും ഒന്ന് തൊഴിക്കണമെങ്കിൽ നമ്മൾ വലത്തേക്കാല വയ്ക്കണം പിന്നെ ഒന്ന് കൈ കൊടുക്കണമെങ്കിലും വലത്തേക്കയ്യ അത് ഈ വലത്ത് ഭാഗത്തിനങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് കണ്ണിനു കൊണ്ട് ആ പ്രാധാന്യം അത് ശശി തന്നെയുള്ള ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ പ്രാധാന്യം ഈ വലത്തെ കണ്ണിനാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ജീവൻ നമ്മുടെ അനുഭവത്തിന് യോജിക്കുന്നത് പ്രവർത്തിക്കുന്നത് കാരണം രൂപഗ്രഹണത്തിലൂടെയാണ് പ്രപഞ്ചബോധം നമുക്ക് കൂടുതലും ഉണ്ടാകുന്നത് അതിന് സഹായിക്കുന്നത് കണ്ണ് അതുകൊണ്ട് കണ്ണിന് പ്രാധാന്യമാണ് ജാഗ്രത എന്ന് പറയുന്നത് ഉണർവ് എന്ന് പറയുന്ന അനുഭവമാണ് അനുഭവത്തിന് വേണ്ടി കണ്ണിനാശ്രയിക്കുന്ന ജീവൻ സ്വാഭാവികമായിട്ടും കണ്ണിന് പ്രാധാന്യമാണ് ജീവൻ തന്റെ ഉണർവിന് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കണ്ണിനെ ആശ്രയിച്ചിട്ടാണെന്ന് പറയുന്നത് അനുഭവമായിട്ട് വളരെ നിരക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വന്റെ സാന്നിധ്യം ജീവന്റെ സാന്നിധ്യം മുഖ്യമായും അനുഭവപ്പെടുന്നത് കണ്ണിലാണ് എന്ന് കണ്ണുള്ളവരെ സംബന്ധിച്ച് പറയുന്നത് അന്ധനെ സംബന്ധിച്ചല്ല അന്ധനെ സംബന്ധിച്ച് ജീവൻ എങ്ങോട്ടെങ്കിലും മാറിയിടുന്നെന്ന് വരാം ജാഗ്രത ചിലപ്പോൾ മനസ്സിൽ പോയിരുന്നെന്ന് വരാം അല്ലെങ്കിൽ ചെവിയിൽ പോയിരുന്നെന്ന് വരാം അതുകൊണ്ട് കുതർക്കങ്ങളെന്നും ചോദിക്കുന്നു ഇവിടെ കണ്ണുള്ളവനെ കുറിച്ച് പറയുക അവിടെ ജീവൻ അങ്ങനെ പ്രവർത്തിക്കും അതുകൊണ്ട് ജാഗ്രതന്നെയുണ്ട് ആ വിശുവിന്റെ അനുഭവം നമുക്ക് കണ്ണിനൂടെ അനുഭവിക്കുന്നു അവൻ കണ്ണിലൂടെ കണ്ടുകൊണ്ട് കണ്ണിലൂടെ അറിഞ്ഞുകൊണ്ട് അവന്റേതായ ലോകത്ത് അവൻ ജീവിക്കുന്നു ജാഗ്രത ഈശ്വരന്റെ ലോകത്തല്ല തന്റെ മാനസികമായ ലോകത്ത് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ തൈസനും ജാഗ്രതയിലുണ്ടെന്നാണ് അടുത്ത് പറയുന്നത് ഇത് തന്നെ വിശദീകരിക്കുന്നു ശ്രുതിയുടെ സഹായത്തോടുകൂടി ഇന്ദോ ഹവൈ നാമ ഏഷ യോയം ദക്ഷിണേ അക്ഷൻ പുരുഷ ഇവൻ ഇന്ധൻ എന്ന് ശ്രുതി പറയും ഇവൻ ശോഭയുള്ളവനായിരിക്കുന്നു ദീപ്തിമാനായിരിക്കുന്നു കാരണം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശോഭയുള്ള ഒരു കാര്യമാണ് അവൻ ദീപ്തിമാനായിരിക്കുന്നു ചൈതന്യമാനായിരിക്കുന്നു അതുകൊണ്ട് അവന് ഇന്ധൻ എന്ന് ശ്രുതി പറയും അവൻ ദക്ഷിണാക്ഷിയിലിരിക്കുന്നു അവൻ തന്നെയാണ് പുരുഷൻ അവൻ തന്നെയാണ് ഉണർന്നിരിക്കുന്നത് എന്നെല്ലാം ശ്രുതി പറയുന്നു ഇന്തോ ദീപ്തി ഗുണോ വൈശ്വാനര ആദിത്യാന്തർഗതോ വൈരാജ ആത്മ ചക്ഷുഷിച്ഛ അവിടെ ശ്രുതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ വിരാട്ടിനെ കുറിച്ച് പറയും വിശുവിനെ കുറിച്ച് പറയുന്നു ഇതിന് രണ്ടും വേറെ വേറെയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല വിശ്വിനിൽ തുടങ്ങി വിരാടിലെത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് താൻ എന്നിൽ തുടങ്ങി തന്റെ അന്വേഷണം തന്റെ അറിവ് തന്നിൽ നിന്ന് ആരംഭിച്ച് ആ വിശ്വാത്മാവിനോട് താതാൻമ്യപ്പെടാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് താൻ അതാണെന്നറിയണം അല്ലാതെ പരിച്ഛിന്നമായ സങ്കുചിതമായ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ കണ്ണിലിരിക്കുന്ന ഒരു പ്രകാശമാണ് താനെന്നറിഞ്ഞ് കൃതാർത്ഥനാകാൻ വേണ്ടിയല്ല അതുകൊണ്ട് പറയുന്നു ദീപ്ത ഗുണവൈശ്വാനര ഈ ദീപ്തി ഗുണത്തോടുകൂടിയിരിക്കുന്ന ഇവൻ ഇവൻ തന്നെയാണ് വൈശ്വാനരൻ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ഉപനിഷത്തുകളിൽ വിശ്വസ്യമാണ്ടൂപ്പി ഉപനിഷത്ത് ഇവിടെയെല്ലാം വിശ്വനെക്കുറിച്ച് ചിന്തിക്കുന്നു അവിടെയെല്ലാം വൈശ്വാനരെ കുറിച്ചും ചിന്തിക്കും ഇവിടെയെല്ലാം പ്രാജ്ഞനെക്കുറിച്ച് പറയുന്നു അവിടെ ഹിരണികർഭനെ കുറിച്ചും പറയും അന്തര്യമിയെ കുറിച്ചും പറയും ഇവിടെയെല്ലാം തൈജസ്സിനെ കുറിച്ച് പറയുന്നു അവിടെ നിരണ്യകൃനെക്കുറിച്ചും പറയും എന്നുവെച്ചാൽ ഒന്നിനും വിട്ടിട്ടും മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല ഈ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കി വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്ക അതല്ലെങ്കിലോ ഇവിടെ വലിയ അബദ്ധം വരും കേവലം നമ്മൾ വിശ്വതൈസ്വപ്രാജ്ഞന്മാരിൽ മാത്രം നിന്നു കഴിഞ്ഞാൽ അതിന്റെ സമഷ്ടിഭാവത്തെ വിട്ടിട്ടാണ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അദ്വൈത ചിന്ത തലതിരിഞ്ഞു പോകും എല്ലാം ഇവിടെ പറയുന്നത് എന്നെ കുറിച്ചാണ് ഈ അച്ഛനായ ജീവനെക്കുറിച്ചാണ് പരമാത്മാവിന് ഇവിടെ ഒരു സ്ഥാനം വരും ഈശ്വരനൊരു സ്ഥാനവും വരും അപ്പോൾ ഞാനായി എന്റെ സങ്കല്പമായി അദ്വൈതമെന്ന് പറയുന്നത് ഞാനും എന്റെ സങ്കല്പവുമായി മാറും എന്നെ പലരും ഇത് പറയാൻ വേണ്ടി നിർബന്ധിച്ചത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കേൾക്കണമെന്താണ് ഇതൊക്കെ എന്റെ സങ്കല്പമാണ് എന്റെ സങ്കല്പത്തിന്ന് വേറിട്ടൊന്നുമില്ല ഇത് പറഞ്ഞ് ഞാൻ ഒപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വിളിച്ചത് എല്ലാ എന്റെ സങ്കല്പം വേറെ ഒന്നുമില്ല പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ സുഖമുള്ളതുമാണ് പക്ഷേ ഇവിടെ ഉപനിഷത്തി പറയുന്ന അതല്ല ഇവിടെ ഞാനെന്ന് പറയുന്നതിന് അല്ല എന്റെ സങ്കല്പത്തിന് എന്റെ കാഴ്ചക്ക് ഇവിടെ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നു ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണോ ഇതിന്റെ സമഷ്ടിഭാവത്തിനാണ് ഞാൻ എന്റെ സങ്കല്പം എന്റെ പ്രപഞ്ചം ഇതൊന്നും ഉപനിഷത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന എന്താണ് തന്റെ ആ സർവാത്മഭാവത്തെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് അതീതമായി ഇനി എന്തെങ്കിലും ഒരവസ്ഥയുണ്ടോ അതിനെക്കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് അപ്പൊ അത് മുഖ്യമായി ബോധിപ്പിക്കുന്നത് ജീവനോക്കുറിച്ചോ അല്ലെങ്കിൽ ജീവന്റെ ഏതെങ്കിലും അവസ്ഥയെ കുറിച്ചല്ല മറിച്ച് പരമാത്മഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത് ജീവനില്ലാത്ത അല്ലെങ്കിൽ ജീവൻ അജ്ഞയമായിരിക്കുന്ന പരമാത്മഭാവത്തെ അതുകൊണ്ടാണ് ഗുഡശ്രുതി അത് പറയുന്നത് എന്താണോ ഇന്ദ ദീപ്തിഗുണ വൈശ്വാനര ഈ വൈശ്വാനരൻ ആദിത്യാന്തർഗത ഈ വൈശ്വാനരൻ എന്തിനാ ആദിത്യനെ കൊണ്ട് പ്രദർശിക്കുന്നത് കാരണം പറഞ്ഞല്ലോ വിശ്വൻ ഈ ചക്ഷുസ്സിനെ ആശ്രയിച്ച് സ്വരൂപദൃഷ്ടാവായി ഇരിക്കുന്നത് ആദിത്യനെ ആശ്രയിച്ചിട്ടാണ് പ്രകാശത്തെ ആദിത്യ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അവനവന്റെ ഉണർവിനെ നിലനിർത്തണമെങ്കിൽ ഈ പ്രകാശം കൂടിയേ തീരും പ്രകാശമില്ലാതെ എങ്ങനെ വിശ്വന് ഇതിനെ കാണാൻ പറ്റും അവനെങ്ങനെ ഉണർവുണ്ടാവും ആ പ്രകാശം എവിടെ നിന്ന് വരുന്നു അത് ആദിത്യനിൽ നിന്നാണ് അപ്പോ ഈ വിശ്വന്റെ ആ സമഷ്ടിഭാവം എന്തിനെ ആശ്രയിച്ച ആയിരിക്കും ഇരിക്കുന്നത് ആദിത്യനെ ആശ്രയിച്ചായിരിക്കും വിശ്വന് പ്രകാശം കൊടുക്കുന്ന ആദിത്യനെ ആശ്രയിച്ചായിരിക്കും വിശ്വന്റെ സമൃഷ്ടി അതുകൊണ്ട് പറയുന്ന എന്താണ് ആദിത്യ മണ്ഡല അന്തർഗതനായ വൈരാജ വിരാട് കൃഷ്ണൻ അവൻ തന്നെയാണ് ആത്മാക്ഷുഷി അവൻ തന്നെയാണ് ഈ കണ്ണിൽ ദൃഷ്ടാവായിരിക്കുന്ന ഏകനായിരിക്കുന്ന ആത്മാവ് ഇത് രണ്ടും തമ്മിൽ ഏകത്വത്വം പറയുന്നതും നമ്മുടെ അനുഭവത്തിന് നിരക്കുന്ന പ്രകാശമില്ലെങ്കിൽ നമ്മളിന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവില്ല അപ്പോ ഇതിന്റെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട് അതാണ് ആ ചെയ്തത് സൂര്യനെ പ്രകാശപത്താക്കുന്ന ചൈതന്യം ആ ചൈതന്യം തന്നെയാണ് കണ്ണിനെയും പ്രകാശപത്താക്കുന്നത് എന്ന് പറയുന്നില്ല എന്താ അനുഭവവിരോധമായിട്ടുള്ളത് അപ്പോൾ അവിടെ കണ്ണിനല്ല പ്രാധാന്യം മറിച്ച് സൂര്യനാണ് കണ്ണിലിരിക്കുന്ന ചൈതന്യത്തിനല്ല പ്രാധാന്യം മറിച്ച് ആദിത്യ മണ്ഡല അന്തർഗതമായിരിക്കുന്നു തേജസ്സിനാണ് ആദിത്യം എന്ന് പറയുന്നതിന് ഒരുപക്ഷെ നമ്മൾ ധരിക്കുന്നതിനും വിപുലമായ അർത്ഥമുണ്ടായേക്കാം നമുക്ക് പരിചയമുള്ളതിനും വലുതായൊരാദിത്യ മണ്ഡലം ഉണ്ടായേക്കാം അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മൾ കാണുന്ന സൂര്യനുള്ള അനേക സൂര്യന്മാരുണ്ട് ആ എല്ലാ സൂര്യന്മാരെയും ഉൾക്കൊള്ളുന്നതായിരിക്കാം ഇവിടെ പറയുന്ന ആദിത്യ മണ്ഡലം അത്രയൊന്നും കടന്നു ചെല്ലാനുള്ള ബുദ്ധി വൈഭവൊന്നും നമുക്ക് ഈശ്വരൻ തന്നിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് ചിന്തിച്ചു പോയാൽ പിടികിട്ടത്തില്ല എന്തായാലും പ്രകാശം നൽകുന്ന ഒരു ആദിത്യ മണ്ഡലം അത് ഈ എല്ലാ ആദിത്യന്മാരെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാദിത്യ മണ്ഡലമായി അവിടെയാണ് ആ വിരാട് പുരുഷന്റെ ഇരിപ്പിടമായിട്ട് ശ്രുതികളിൽ പറയുന്നത് അതിന്റെ ഒരു ലേച്ച ഒരംശം മാത്രമാണ് പരിഛിന്നമായ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവനെയാണോ ഞാൻ ഞാനെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത്പജ്ഞനയാണോ അതോ ഈ ആദിത്യ മണ്ഡലസ്ഥിതനായിരിക്കുന്ന സർവജ്ഞനെയാണ് അവൻ സർവജ്ഞനെന്ന് പറയുന്നു ചാന്തൂകൃത്തിനും പ്രതികാരണ്യത്തിനും എല്ലാം ഇക്കാര്യം പറയും അതിനാണിവിടെ പ്രാധാന്യം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു ഇവിടെ ഒരു സംശയം ആ സംശയത്തിന് നമ്മളിവിടെ സമാധാനം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സംശയം ഭാഷ ഇനി വരികയാണ് നനു അന്യോ ഹിരണ്ഗൽഭേത്രോ ദക്ഷിണോക്ഷിണി അക്ഷണോർ നിയന്ത ദ്രഷ്ടോ ദേഹസ്വാമി ഇതെല്ലാം ഇങ്ങനെ ഒന്നാകും ആദിത്യ മണ്ഡലം തന്നെ എത്രയോ വിസ്തൃതമാണ് എത്രയോ ആദിത്യന്മാർ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്തതാണ് അത് അത്ര വിസ്തൃതമാണ് വിപുലമാണത് അനന്തമെന്ന് പറയാം അതിലിരിക്കുന്ന ആ ചൈതന്യവും അതിനെ തന്നെ രണ്ടായി പറയുന്നു വൈശ്വാനരനായും ഹിരണ്യഗർഭനായും വൈശ്വാനരനെ കുറിച്ച് പറയുമ്പോ പറയുന്നതാണ് അവൻ ആദിത്യ മണ്ഡല രൂപത്തിലിരിക്കുന്നു ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് അവൻ ആദിത്യമണ്ഡല അന്തർഗതനായിരിക്കുന്നു അങ്ങനെ ഒരു വ്യത്യാസം പറയുന്നു വൈശ്വാനനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് അവൻ ഈ പ്രപഞ്ചാത്മകനായിരിക്കുന്നു പ്രപഞ്ചരൂപത്തിൽ തന്നെ ഇരിക്കുന്നു ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ പറയും എന്താണ് അവൻ ഈ പ്രപഞ്ച അന്തർഗതനായിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പ്രപഞ്ചമെന്ന് പറയുമ്പോൾ അതിന്റെ അസ്ഥൂലമായ രൂപം അത് വിരാട് രൂപത്തിലിരിക്കുന്നു പ്രപഞ്ച അന്തർഗതം എന്ന് പറയുമ്പോൾ നമ്മളീ കാണുന്ന പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഭാവം അതിനെ ഹിരണ്യഗർഭനെന്ന് പറയുന്നു ക്ഷേത്രഞൻ ഈ ശരീരത്തിന് സ്ഥിതി ചെയ്യുന്നവൻ ദക്ഷിണോ അക്ഷിണി അക്ഷണോർ നിയന്താ ഈ ദക്ഷിണാക്ഷിയിൽ ഈ കണ്ണുകളുടെ നിയന്താവായിരിക്കുന്ന ദ്രഷ്ടാവായിരിക്കുന്ന ദേഹസ്വാമിയായിരിക്കുന്ന ഇത് രണ്ടും ഒന്നെങ്ങനെയാകും ഇത് രണ്ടും തമ്മിൽ ഒരു സമാനതയില്ലല്ലോ സർവവ്യാപകമായിരിക്കുന്ന ഒന്നും പരിച്ഛിന്നമായിരിക്കുന്ന ഇത് ഒന്നും എങ്ങനെ ഒന്നാകും അന്ന് പറയുന്നു അത് ശരിയല്ലെന്ന സതോ ഭേദ അനഭ്യൂപക അതിന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഭേദമില്ല നമ്മളതിനെ ഈ ഭേദത്തെ പൊലിപ്പിച്ചതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ശരീരത്തിൽ ഈ കണ്ണിൽ എന്നെല്ലാം പറഞ്ഞു ആദിത്യ മണ്ഡലം എന്ന് പറഞ്ഞു എല്ലാം ഇതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ മനസ്സിലാക്കണം ഈ ഭേദത്തെ നിരാകരിച്ചിട്ട് ആ ചൈതന്യത്തിന്റെ സ്വരൂപത്തിലൊരു ഭേദവുമില്ല ഇവിടെ ഒരു വിശ്വനും വിരണ്യഗർഭനും അല്ലെങ്കിൽ വിരാട് പുരുഷനും വേറെ വേറെ നിൽക്കുന്നില്ല എന്തുകൊണ്ട് അതിന് ശ്രുതിയെന്ന് പറയും ഈ ഭേദത്തെ പറയുന്ന ശ്രുതി തന്നെ അതിന് നിരാകരിക്കുന്നു ഏകോ ദേവ സർവഭൂതേഷുഗൂഢം ശ്രുതി പറയും അത് തന്നെ സ്മൃതിയിലും പറയും എന്താണോ ക്ഷേത്രജ്ഞം ജ അവിമാൻവിധി സർവക്ഷേത്രേഷു ഭാരത സർവക്ഷേത്രങ്ങളിലും എന്നെ തന്നെ നിക്ഷേത്രജ്ഞനായി അറിയൂ അവിഭക്ത ഭൂതേഷു വിഭക്തം വിവചസ്തിക പലതുപോലെ സ്ഥിതി പക്ഷെ അത് ഏകനായിരിക്കുന്നു വിഭജിക്കാൻ കഴിയാത്തവനായിരിക്കുന്നു അതാണ് പരമാർത്ഥം എന്നാലും വിശ്വനെന്ന് എന്തുകൊണ്ട് പറയുന്നു വിരാട്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു സർവേഷു കരണേഷു അവിശേഷേവി ദക്ഷിണാക്ഷിണി ഉപലബ്ധിപാടവദർശന തത്ര വിശേഷേണ നിർദ്ദേശവും വിശ്വസ്യ സർവകരണങ്ങളിലും ഇവൻ പ്രവർത്തിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നത് ഇവൻ തന്നെ ശിവ കൊണ്ട് കേൾക്കുന്നത് ഇവൻ തന്നെ മൂക്കൊണ്ട് മണക്കുന്നതും ഇവൻ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നതും ഇവൻ തന്നെ അതാണ് സർവ്വകർണങ്ങളിലും അവിശേഷമായിരിക്കുന്ന തുല്യമായി തന്നെയാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എന്നാലും നമുക്കിവനെ ഒന്ന് പരിചയപ്പെടാൻ സൗകര്യം അതായത് ഇവനെ ഒന്ന് ചിന്തിക്കാൻ സൗകര്യം എന്താണ് ദക്ഷിണാക്ഷിണി അതിന് വലത്തേക്കണ്ണാണ് സൗകര്യം ഉപലബ്ധി പാടവദർശന അവിടെ ഒരു ഗ്രഹണ സാമർഥ്യം കാണുന്നുണ്ട് ഈ കണ്ണുകൊണ്ട് വസ്തുക്കളെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു സാമർഥ്യം ആ കണ്ണിൽ കാണുന്നുണ്ട് ചിന്തിക്കുന്നവർ ആ കണ്ണിനൊരു പ്രത്യേകത കാണുന്നുണ്ട് അതാണ് കൂടുതൽ ഗ്രഹിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് വിശേഷിയാണ് ദേശവും വിശ്വസ്യ അതുകൊണ്ട് വിശുവിനൂടെ ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അവനാ കണ്ണിൽ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണാക്ഷിതരൂപം ദൃഷ്ട നിമ്മീദിതാക്ഷ സ്മരൻ മനസ്സ്യന്ത സ്വപ്നം പശ്യതികരിച്ചത് ജാഗ്രതത്തിലെ വിശുവിനെ കുറിച്ചാണ് ജാഗ്രതത്തിലെ വിശുവിന്റെ സ്ഥാനം ജാഗ്രതത്തിലെ വിശുവിന്റെ അനുഭവം ജാഗ്രത്തിലെ വിശുവിന്റെ പ്രവൃത്തികൾ ആ വിശുവിന് വിരാട്ടമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞത് ഇവിടെ തുടങ്ങിയതെന്താണ് വിശുവിനെയും തൈജസനെയും പ്രാജ്ഞനെയും എല്ലാം ജാഗ്രതയിൽ തന്നെ ബോധ്യപ്പെടുത്തി തരാം പരിചയപ്പെടുത്തി തരാമെന്നാണ് അതാണ് അടുത്ത് പറയുന്നത് ദക്ഷിണാക്ഷികതോ രൂപം ദൃഷ്ട ഈ കണ്ണുകൊണ്ട് ഈ രൂപങ്ങളെ കാണും ആകൃതികൾ നിറങ്ങൾ ബാഹ്യമായി കാണും പദാർത്ഥങ്ങളുടെ ഒരു ആകൃതികളും നിറങ്ങളും എല്ലാം കാണും അതാണല്ലോ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നു വിശ്വന്റെ പ്രപഞ്ചം അതാണല്ലോ ഇതിനെല്ലാം കാണുക എന്ന് വെച്ചാൽ ഇതിനെല്ലാം ഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് അവന്റെ പ്രപഞ്ചം അവനെ സൃഷ്ടിക്കുകയല്ലോ അവന്റെ പ്രപഞ്ചം ഇതിനെല്ലാം ഗ്രഹിക്കുക എന്ന് പറയുന്ന അവനെ കാണുന്നു അവന് വേണ്ടി ഇതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചു കൊടുക്കും സൃഷ്ടിച്ച് ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ജീവൻ അവന്റെ പ്രയത്നം കൊണ്ട് സൃഷ്ടിച്ചേ ജീവഭാവത്തിൽ വന്നതിന് ചേട്ട് അവനും സൃഷ്ടിക്കുന്നു അവനും സൃഷ്ടി നടത്തുന്നുണ്ട് ഈശ്വര സൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് അവൻ സൃഷ്ടി നടത്തുന്നു അങ്ങനെ നമ്മളീ മുമ്പിൽ കാണുന്ന വസ്തുക്കളല്ല അതൊക്കെ ജീവന്റെ സൃഷ്ടിയാണെന്ന് പോരാ അവന്റെ പ്രയത്നം കൊണ്ട് സൃഷ്ടിക്കുന്നു അറിവും പ്രയത്നവും ഒന്നിച്ചു ചേർന്ന് സൃഷ്ടിക്കുന്ന അവന്റെ സൃഷ്ടിയാണ് ഈശ്വര സൃഷ്ടമായതാണ് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു ആ സൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ച്ഛയും ജ്ഞാനവും സ്ത്രീയും ഒത്തുചേർന്നിട്ട് അവനിവിടെ സൃഷ്ടിക്കുന്നു അതാണിതെല്ലാം ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പദാർത്ഥങ്ങൾ വസ്തുക്കളും ഇതെല്ലാം കണ്ടിട്ട് അവനെന്ത് ചെയ്യുന്നു നിമീലിതാക്ഷ കണ്ണടയ്ക്കുന്നു എന്ന് സങ്കല്പിക്കുക കണ്ണടച്ചു കഴിഞ്ഞാൽ തദൈവ സ്മരൻ അവനാ കണ്ടതിനു സ്മരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അതാ ഞാൻ ഞാൻ തന്നെ സൃഷ്ടിച്ച എന്റെ പുസ്തകത്തെ ഞാൻ കാണുന്നു മനസ്സിൽ സങ്കല്പിക്കുന്നു അന്ധ ഇനി അവനെവിടെ കാണുന്നു ഒന്ന് ബാഹ്യമായിക്കൊണ്ട് താൻ സൃഷ്ടിച്ച ഈ വസ്തുവിനെ തന്റെ കണ്ണുകൊണ്ട് പുറമേ കണ്ടിട്ട് കണ്ണടച്ച് തനിക്ക് തന്റെ ഉള്ളിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതിനുള്ളിൽ കാണുന്നു ഇതാണ് അവന്റെ പ്രവചം അതേതുപോലെ സ്വപ്നം പോലെ തന്നെ സ്വപ്നത്തിൽ ഈ കാണുന്ന ജാഗ്രതയിലെ പദാർത്ഥങ്ങളെ പുറമേ കണ്ടിട്ട് അവൻ കണ്ണടച്ച മനസ്സിൽ സങ്കല്പിക്കുന്നില്ല അവിടെയല്ല ഉള്ളിൽ നിന്ന് തന്നെ പ്രകാശിക്കുന്നുണ്ട് അവിടെ ഉള്ളിൽ നിന്ന് തന്നെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമെല്ലാം അവന് പ്രകാശിക്കുന്നു ഇവിടെ അങ്ങനെ ഇവിടെ കണ്ണടച്ച് കാണും അപ്പോ അവൻ പുറമേ കണ്ട ആ വസ്തു തന്നെ തദൈവ വാസനാരൂപ അഭിവ്യക്തം ബസ് വാസനാരൂപത്തിലൂടെ പ്രകടമായി അവൻ കാണും സംസ്കാരം അവന്റെ ഉള്ളിൽ അതിനെ കാണിച്ചുകൊടുക്കുന്നു ബാഹ്യമായി കണ്ട പുസ്തകം അത് കാണുമ്പോൾ ആ കാണുന്ന നിമിഷം തന്നെ അതിന് അനുകൂലമായൊരു വാസന അവന്റെ അന്ധക്കരണത്തിൽ ഉണ്ടാക്കുന്നു കണ്ണടച്ചു കഴിഞ്ഞാലും അവനേറെക്കുറെ അവന്റെ ആ വാസനയുടെ സഹായത്തോടു കൂടി ഈ വസ്തുവിനെ അവന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നു അവനും എന്ന് പറയുന്നു സ്മരണ എന്ന് പറയുന്നു അനുഭവവും സ്മരണയും അനുഭവത്തിൽ എന്ത് ചെയ്യുന്നു വിശ്വൻ ഈ പുസ്തകത്തെ കാണും സ്മരണയിലോ തൈജസൻ പുസ്തകത്തെ കാണും അപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസരത്തിൽ തന്നെ ഇത് രണ്ടുപേരും പ്രവർത്തിക്കുന്നു വിശ്വനും പ്രവർത്തിക്കുന്നു തൈജസനും പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ കണ്ണടച്ച് നമ്മളുള്ളിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ആരാണോ അവിടെ കാണുന്നത് അത് തൈജസൻ തന്നെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം മുമ്പ് പറഞ്ഞു സ്ഥൂലബു വിശുൻ സ്ഥൂലബുക്കാണ് ഈ സ്ഥൂലമായന കാണുന്നവനാണ് വിശ്വൻ സൂക്ഷ്മമായന കാണുന്നതോ അത് തൈജസനാണെന്ന് പറഞ്ഞു പുറമേലുണ്ട പുസ്തകത്തിന് ഉള്ളിക്കാണുമ്പോ അവിടെ സ്ഥൂലമായ പുസ്തകമില്ല മറിച്ച് സൂക്ഷ്മമായ എന്തോ ഒന്നുണ്ട് പുസ്തകമൊന്നും നമ്മൾ സ്മരിക്കുന്ന ആ സൂക്ഷ്മത്തെ കാണുന്നവനെയാണ് തേജസ്സൻ എന്ന് പറയുന്നത് അതിനുവേണ്ടി സ്വപ്നത്തിൽ പോണമെന്നില്ല ജാഗ്രതത്തിൽ തന്നെ ഇതെല്ലാം അനുഭവമാണ് അപ്പൊ അവിടെ എങ്ങനെ ഈ രണ്ടും വന്ന് ഒരാൾ തന്നെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത് ജാഗ്രത വിശ്വനായിരുന്നുകൊണ്ടവൻ ഭാഗ്യവിഷയങ്ങളെ കാണുമ്പോൾ അതേ വിശ്വന് തന്നെ ഉള്ളിൽ സൂക്ഷ്മ വിഷയങ്ങളെ കാണുന്നു രണ്ടും ഒന്നാണ് മൂന്ന് ഒന്നാണ് മൂന്നും ഒരേ ഒരു ചൈതന്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ ചെന്ന് ചോദിക്കും ശരി ജാഗ്രത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷെ അസ്ഥിരമായ തുച്ഛമായ എന്തോ ഒരു ഭ്രമം പോലെ തോന്നുന്ന ഈ സ്വപ്നത്തെ ആശ്രയിച്ചുകൊണ്ടാണോ നിങ്ങളുടെ തത്വചിന്ത അങ്ങനെയല്ല ഇത് തന്നെ അസ്ഥിരമായതുകൊണ്ട് അദ്വീതത്തിൽ സ്വപ്നത്തിലെ അസ്ഥിരതയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് പക്ഷെ സാധാരണ യുക്തിചിന്ത ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിന് പ്രാധാന്യം കൊടുത്താൽ അവർ അംഗീകരിക്കത്തി അത് തുച്ഛമാണ് ഭ്രാന്തിയാണ് അതിനെ ആശ്രയിച്ചെന്താ ചിന്ത അതുകൊണ്ട് പറയുന്നു ആ ഭ്രാന്തി നിങ്ങളാശ്രയിക്കുന്നു നിങ്ങളുടെ അനുഭവത്തെ ജാഗ്രതയുടെ അനുഭവത്തെ ആശ്രയിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഈ തൈജസിനെ അനുഭവപ്പെടാം എന്ന് പറയുന്നു യഥാത്ര തഥാ സ്വപ്നം ഇതേ സ്വപ്നത്തിൽ സംഭവിക്കുന്നു ജാഗ്രത്തിൽ നിങ്ങൾ പുറമേ കണ്ടിട്ട് ആ വാസനയോടുകൂടി നിങ്ങൾ മനസ്സിൽ സ്മരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കുന്നു ഇത് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് ജാഗ്രത ഈ വാസനയോടുകൂടി മനസ്സ് സ്വപ്നത്തിൽ ഉണർന്നിട്ട് ആ വാസനയോടുകൂടി അംവ്യവസ്ഥയായി അസ്ഥിരമായി പലതിനും കാണിക്കുന്നു നമുക്കറിയാമല്ലോ ജാഗ്രത ഉണർന്നിരുന്ന വിശ്വൻ ഇതിനെയെല്ലാം കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ വരുന്ന ആ വ്യക്തത ആ സ്ഥിരത നമ്മൾ ജാഗ്രത സ്മരിക്കുമ്പോൾ കിട്ടുന്നില്ല ജാഗ്രതയിൽ തന്നെ അത് അനുഭവമാണ് ഈ തൈജസന്റെ അവ്യക്തത നമുക്ക് പ്രത്യക്ഷമായി കാണുന്നതുപോലെ ആ വസ്തുവിനെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല പ്രത്യക്ഷമായി കാണുന്ന ഈ ഭാഷികമായ ഈ തുടർച്ച അത് സ്മരണത്തിൽ നമുക്ക് കിട്ടുന്നില്ല ഈ ദൃഢത അവിടെ ഉണ്ടാകുന്നില്ല ഈ അനുഭവത്തിന്റെ സ്ഥിരത അവിടെ ഉണ്ടാകുന്നില്ല ജാഗ്രത തന്നെ സ്മരിക്കുമ്പോൾ ഇത്രയൊക്കെ സ്വപ്നത്തിന് സംഭവിക്കുന്നു എന്തുകൊണ്ട് അത് ആ സൂക്ഷ്മത്തിന്റെ പ്രത്യേകതയാണ് തൈജസന്റെയും തൈജസൻ ആശ്രയിച്ചിരിക്കുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തിന്റെയും പ്രത്യേകതയാണ് ജാഗ്രതനും വാസ്തവത്തിൽ വിശ്വനല്ല കൂടുതലും പ്രവർത്തിക്കുന്നത് ജാഗ്രതത്തിൽ സ്ഥൂലഭുക്കായിരിക്കുന്നത് വിശ്വനാണെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ജാഗ്രതയിൽ വാസ്തവത്തിൽ കൂടുതലും പ്രവർത്തിക്കുന്നത് തൈജസനാണ് അതാണ് പരമാർത്ഥം എന്തുകൊണ്ട് ജാഗ്രത്തിൽ ഈ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം ആവേശികമായി കുറവാണ് ജാഗ്രതത്തിൽ നമ്മുടെ ബോധം കൂടുതൽ നീങ്ങുന്നത് സൂക്ഷ്മ പ്രപഞ്ചത്തിൽ സ്ഥൂലപ്രപഞ്ചത്തിലല്ല സ്ഥൂലപ്രപഞ്ചത്തിലുള്ള ബോധമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ ഇപ്പോ ഇവിടെ ഒരാളിരുന്ന് പ്രസംഗിക്കുന്നു കുറച്ചുപേർ കേൾക്കുന്നു എന്താ സംഭവിക്കുന്നത് കേൾക്കുന്നവരുടെ സ്ഥൂല പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് എന്താണോ പ്രസംഗിക്കുന്ന ആണ് കാണുക അയാളുടെ ശബ്ദം കേൾക്കുന്നു ഒന്നൊന്നര മണിക്കൂർ ഈ അഭ്യാസം രണ്ടു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ വാതവരാതെ നിർത്താതെ സംസാരിക്കുന്നു ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ജാഗ്രതത്തിന് മാത്രം എടുക്കുക ബാക്കി പോട്ടെ എന്റെ ഇടയ്ക്ക് വരുന്ന സ്വപ്ന സുഷ്ടി നോക്കി വിടാം ആ ജാഗ്രതത്തിന് മാത്രം എടുക്കുക ഈ ജാഗ്രതത്തിൽ നമ്മുടെ ഉണർവ് ഈ ശബ്ദത്തിനും നമ്മൾ കാണുന്ന രൂപത്തിനുമാണോ കൂടുതൽ സമയം നില്ക്കുന്നത് അതോ നമ്മുടെ ചിന്തകളിലാണോ നമ്മുടെ ആന്തരികമായിട്ടോ ഇതിലല്ല കൂടുതലും നിൽക്കുന്നത് നമ്മുടെ ഉണർവിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ ശബ്ദത്തെ ഗ്രഹിക്കുന്നു അതിന് തെളിവ് ഈ മുഴുവൻ സമയവും ഈ പറയുന്ന ശബ്ദവും ഉണർന്നിരുന്നാൽ തന്നെ എത്ര ഗ്രഹിക്കുന്നു തുടർച്ചയായിട്ടും ഈ ശബ്ദം മുഴുവൻ ഗ്രഹിക്കുന്നില്ല അതിന് തെളിവാണ് നമ്മുടെ ടേപ്പർ അവിടെ കേൾക്കുമ്പോൾ അറിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇതൊന്നും ആ സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല ശബ്ദത്തെ നമ്മൾ വളരെ കുറച്ചാഗ്രഹിക്കുന്നു കുറച്ച് ഗ്രഹിക്കുന്നു കുറച്ച് ഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ജാഗ്രതായി ഉണർന്നിരിക്കുന്ന സമയത്തും നമ്മൾ നമ്മുടെ ചിന്താലോകത്തിലാണ് കൂടുതൽ സമീകരിക്കുന്നത് ഒരു വാക്ക് കേട്ടു കഴിഞ്ഞാൽ ചിലര് അതിനെ പിടിച്ച് ചിന്തിച്ചു പിന്നെ തുടർന്ന് പറയുന്ന ശബ്ദങ്ങളെ കേൾക്കത്തില്ല കേട്ടാ തന്നെ ഗ്രഹിക്കത്തില്ല മറിച്ച് തന്റെ ചിന്താ ലോകത്തിലായിരിക്കും താൻ മുമ്പ് പഠിച്ചതും താൻ അറിഞ്ഞതും ഒക്കെ ആയിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേ അപ്പൊ ലോകത്തിലല്ല ചിലര് ചിന്തിക്കുന്നതായിരിക്കും എന്ന് അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കാമായിരിക്കും ഇന്ന് എന്തായിരിക്കും അടുക്കളയിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു ചിലർ ഇനി ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കും ഇപ്പൊ എട്ട് മണി കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യുക ആ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കും ചിലർ ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അടുത്തവൻ എങ്ങനെയാണ് ഇനി അടുത്ത പാര പണിയുന്നതെന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പല പല ചിന്തകളുണ്ടായി മനസ്സിൽ ഈ ശബ്ദത്തിനാണോ മനസ്സിരിക്കുന്നത് ഇന്നലകളിൽ നാളകളിൽ ഏറെക്കുറെ നമ്മുടെ മനോരഥങ്ങളിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത് ഏകാഗ്രതയോടുകൂടി നമ്മൾ ശ്രവിക്കാനും ശ്രമിച്ചാലും നമ്മുടെ മനസ്സവിടെ നിൽക്കത്തില്ല നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ അറിവുകളുമായി നമ്മൾ തരംപ്പെടുത്തി ചിന്തിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു എളിപ്പറഞ്ഞ് ശരിയല്ല കുറച്ചുകൂടി പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ആ ഇത് തന്നെയാണ് ശരി പലതരത്തിലും നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ ബുദ്ധി നമ്മളുടെ സ്ഥൂലമായ ഭാവങ്ങളെ മാത്രം അംഗീകരിച്ച് നിൽക്കില്ല പലതരത്തിൽ നമ്മുടെ ഉള്ളിൽ ആന്തരിക പ്രപഞ്ചം അതാണ് വിശുവിന്റെ അല്ല തൈജസ്സിന്റെ പ്രപഞ്ചം അതിനോട് താൻ താഥാത്മ്യപ്പെട്ട വളരെ കുറച്ച് സമയം മാത്രമേ ബാഹ്യമായ ആ വിശുവിനവിടെ പ്രവർത്തിക്കാൻ അവസരമുള്ളൂ ചിന്താ ലോകത്തിലാണ് ജാഗ്രതയിൽ ഇതുതന്നെ നമ്മൾ ഏത് പ്രവൃത്തിയും നോക്കുക ബാഹ്യമായ സ്ഥൂലമായ വിഷയങ്ങളിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നതുപോലും അതിൽ അല്ല ഇതിനെ പറയും മനസ്സിന്റെ വിക്ഷേപമെന്ന് പറയും മനസ്സിന്റെ വിക്ഷേപത്തിലായാലും ശരി മനസ്സിന്റെ ഏകാഗ്രതയിലായാലും ശരി മനസ്സ് നിൽക്കുന്നത് തൈജസിനോട് ചേർന്നാണ് ഈ വിശ്വനോട് ചേർന്നിട്ടില്ല വിശ്വനോട് താഴ്മപ്പെടുന്ന കുറച്ച് സമയവും നമുക്ക് പ്രാധാന്യം നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന നോക്കിയാ ആ പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സ് വളരെ കുറച്ച് നിൽക്കാറുണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സ് സങ്കല്പത്തിലാണ് മനോരഥങ്ങളിലാണ് നമുക്ക് പരിചയമുള്ള പ്രവൃത്തിയാണെങ്കിൽ പറയാനും സ്ട്രൈവ് ചെയ്യുന്നവനോ ആ ചെയ്യുന്ന സമയത്ത് അവന് കാരണെക്കുറിച്ചോ അവൻ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് പരിചയമായി കഴിഞ്ഞു അവൻ ചിന്തിക്കുന്നത് ലോകകാര്യങ്ങളെ കുറിച്ചായിരിക്കും ചുറ്റുപാടുകളെ കുറിച്ചപ്പോൾ അവന് ഭാഗികമായ ബോധമേ വരും റോഡിനെ കുറിച്ചും ഭാഗികമായ ബോധമേ വരും അവന്റെ മനസ്സിലെന്തായിരിക്കും മനസ്സിൽ ഒരൊഴുക്ക് നടന്നുകൊണ്ടിരിക്കും അവന്റെ ലോകത്തിലായിരിക്കും അതാണ് ആരെങ്കിലും കുറുക്കാടുമ്പോൾ പെട്ടെന്ന് ചോട്ട് പോകും അപ്പോഴാണ് കാണുന്നത് തന്റെ ലോകം എന്ന് പറയുന്നത് കൈജസന്റെ ലോകമാണ് ജാഗ്രത ഉണർന്നിരിക്കുമ്പോഴും അതുകൊണ്ട് അതിനാണ് പ്രാധാന്യം എല്ലാ പ്രവൃത്തിയും അതിനെ സംഭവിക്കും അവിടെ രസകരമായൊരു കാര്യം കൂടി ഉണ്ട് അടുത്ത ദിവസം ഒരാളെന്നെ ധ്യാനം ആര് പഠിപ്പിക്കാൻ വന്നാൽ ഞാൻ എതിർക്കാറില്ല അനുവദിച്ചു കൊടുക്കാറില്ല കാരണം ആരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ കാണുമെന്ന് ആരും ഒന്നും ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ധ്യാനം പഠിപ്പിക്കാം റെഡി തുടങ്ങാം ഞാൻ ശിഷ്യനായി വന്നയാൾ ഇത് കഥ പറയുന്നതല്ല വാസ്തവത്തിൽ നടന്ന കാര്യം പറയണം ഒരു പയ്യനാണ് അവനിപ്പോൾ ധ്യാനം പഠിച്ചിട്ട് വന്നതാണ് അപ്പം അവനാരെങ്കിലും പഠിപ്പിക്കുന്നു ആരെയും കിട്ടുന്നില്ല എന്നെ തന്നെ പിടിച്ചു ഞാൻ പറഞ്ഞത് ശരി എന്നെ തുണയി ധ്യാനം എന്ന് പറയുന്നത് എന്താണ് അവൻ അവന്റെ ഗുരു പഠിപ്പിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഈ മനസ്സിന് സ്ഥൂലമായ വിഷയങ്ങൾ ഓർപ്പിക്കുന്നതാണ് ധ്യാനം അതെങ്ങനെയാണ് എന്നോട് പറഞ്ഞു ഞാൻ പറയുകയാണ് സ്വാമി പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് പൈപ്പ് തുറക്കുന്നു അപ്പ ആദ്യം മനസ്സ് കയ്യിൽ കേന്ദ്രീകരിക്കണം അത് കഴിഞ്ഞിട്ട് പൈപ്പിൽ കേന്ദ്രീകരിക്കണം പിന്നെ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കേന്ദ്രീകരിക്കണം അവിടെ ഒരു ശബ്ദം കേൾക്കും അതിൽ കേന്ദ്രീകരിക്കണം ഇങ്ങനെ മനസ്സിന് സ്ഥൂലമായ വസ്തുക്കൾ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് വേണം ധ്യാനശീലിക്കേണ്ട ഞാൻ ആദ്യം നമ്പരന്ന് പോയി ഇത് കൊള്ളാമല്ലോ ഞാനിപ്പം ഇങ്ങനെയൊരു ധ്യാനത്തെക്കുറിച്ച് ഗീതയിലും വൻഷത്തിലും ഒന്നും ആദ്യം സ്ഥൂലമായ വസ്തുക്കളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം ബാഹ്യമായ സ്ഥൂലമായ വസ്തുക്കളിൽ കേന്ദ്രീകരിച്ച് വേണം മനസ്സിനെ സൂക്ഷ്മമായ വസ്തുക്കളിൽ കൊണ്ടുപോകാൻ അപ്പോ ഞാൻ ചോദിച്ചതിന് കേന്ദ്രീകരിച്ചെന്നാ തീരുന്നത് കാരണം ഇതെല്ലാത്തിനും കേന്ദ്രീകരിക്കും ബാഹ്യമായുള്ള സ്ഥലത്തിലും പുസ്തകത്തിലും കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാത്തിനും മനസ്സിനാതിരി കേന്ദ്രീകരിച്ചിട്ട് പിന്നെ എന്നാ ഇത് സൂക്ഷ്മത്തിലേക്ക് പോകുന്നത് അതിനെപ്പോൾ സമയം കിട്ടുന്നു യോഗസൂത്രവും രീതിയും എല്ലാം നോക്കി അവിടെ ഒരിടത്ത് ഇത് പറയുന്നില്ല മനസ്സ് വിക്ഷിപ്തമാണ് വിക്ഷിപ്തമായ മനസ്സ് ബാഹ്യമായ വിഷയത്തിൽ ഏകാഗ്രപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ് ഞാൻ പൈപ്പ് തുറക്കുമ്പോൾ ഞാൻ പൈപ്പിൽ ശ്രദ്ധിക്കാറില്ല ഞാൻ എന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കല്പത്തിലായിരിക്കും വെള്ളത്തിൽ ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ വാസ്തവം തന്നെയാണ് ശരി ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അതൊരു ചെറിയ തമാശയായി അനുഭവപ്പെടുകയും ചെയ്യും ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി പൈപ്പിൽ ശ്രദ്ധിച്ചു വെള്ളത്തിൽ ശ്രദ്ധിച്ചു ഒരു ഗുരു പഠിപ്പിച്ചതനുസരിക്കണമല്ലോ അതൊരു ചെറിയ തമാശയായിട്ട് തന്നെ എനിക്കും തോന്നി പക്ഷേ ഇത് ധ്യാനമാകുമെന്നുള്ളൊരു സംശയം എനിക്ക് വീണ്ടും അവശേഷിച്ചു അപ്പം അയ്യനോടൊന്ന് ചോദിച്ചിട്ട് കാര്യം ബാഹ്യമായ സ്ഥൂലമായ ഈ വസ്തുക്കളിൽ നമ്മുടെ വിശ്വൻ കേന്ദ്രീകരിക്കുന്നില്ല പ്രപഞ്ച അനുഭവത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല നമ്മളത് ബലം പ്രയോഗിച്ച് ഈ സ്ഥൂലത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കുറച്ചു സമയത്തേക്ക് അതൊരു രസകരമായ അനുഭവമായിരിക്കും അല്ലെന്ന് പറയുന്നത് കുറച്ചു സമയത്തേക്ക് അതൊരു തമാശയായി തോന്നും പക്ഷെ അത് ധ്യാനമാകത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ധ്യാനം എപ്പോഴും സൂക്ഷ്മത്തിലാക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ധ്യാന ശ്രോകത്തെ എടുത്തു നോക്കുക ശാന്തം പത്മാസനസ്ഥം ഇതെല്ലാം പറയും നമ്മൾ ചൊല്ലാറുണ്ടല്ലോ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു രൂപത്തെ ഭാഷയിലൂടെ നമുക്ക് വരച്ച് കാട്ടുകയും അറിവ് എവിടെയാ സംഭവിക്കുന്നത് ബാഹ്യമായിട്ടുള്ള അരുവ നമ്മുടെ മനസ്സിലാ ആന്തരികമായിട്ടാണ് അരൂപം വരേണ്ടത് നമ്മൾ ധ്യാനിക്കുന്ന ഏതിനെ നമ്മളൊരു ഫോട്ടോ ചിത്രം നോക്കി ധ്യാനിക്കുന്നുവെന്നിരിക്കട്ടെ ആ ചിത്രത്തിൽ കാണുന്ന ആ ആകാരം നമ്മുടെ ഉള്ളിൽ വരാ വരാത്തിടത്തോളം തന്നെ അവിടെ ധ്യാനമില്ല ബാഹ്യവുമായി കാണുന്ന രൂപത്തെ നമ്മൾ മനസ്സതിൽ ഉറപ്പിക്കുക എന്നാ പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നു പിന്നെ മനസ്സിലതിനെ ഉറപ്പിക്കുന്നു സംഭവം എവിടെ വരണം മനസ്സിൽ വരണം മനസ്സിൽ ആ രൂപം തെളിഞ്ഞാൽ അത് ധ്യാനത്തിന്റെ തുടക്കമായി അപ്പൊ ബാക്കിയുമായ വസ്തുക്കളിൽ മനസ്സിനെ നമ്മൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു അഭ്യാസം തന്നെയാണ് പക്ഷെ അത് ധ്യാനമല്ല ധ്യാനം എന്ന് പറയുന്ന ഇവിടെ സ്ഥൂലത്തിന്റെ തലമല്ല അസൂക്ഷ്മത്തിന്റെ തലമാണ് മനസ്സിന്റെ തലം മനസ്സിന്റെ തന്നെ കൂടുതൽ സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മമായ തലങ്ങളാണ് അതുകൊണ്ടാണ് ശ്രുതിയിലായാലും ശരി മറ്റൊരു എവിടെ ആയാലും ശരി യോഗശാസ്ത്രത്തിലായാലും എവിടെ ആയാലും ശരി ആന്തരികമായ ഭാവങ്ങളിലാണ് ധ്യാനിക്കാൻ പറയുന്നത് ബാഹ്യമായ ഭാവങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയുന്ന എന്തിനാ പറഞ്ഞല്ലോ ഈ ചക്ഷുരേന്ദ്രിയിരിക്കുന്ന ആ വിശ്വ അവന് ഗ്രഹിക്കാൻ വേണ്ടി മാത്രം അവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ അതിനെ സ്വീകരിക്കുന്ന മനസ്സാണ് ചക്ഷരേന്ദ്രിയ ഒരു വിഷയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മനസ്സിന്റെ സ്വന്തമാവുകയാണ് പിന്നെ സംഭവങ്ങളെല്ലാം നടക്കേണ്ടിവിടെ ഉള്ളിലാണ് ഉള്ളിൽ ഈ മനസ്സ് സദാഭിക്ഷിപ്തമായിരിക്കുന്നു ഒരു വിഷയത്തിൽ നിന്ന് വേറെ വിഷയത്തിലേക്ക് പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ സ്ഥൂലമായ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരുന്നുകൊണ്ട് അത് ധ്യാനമാകട്ടെ അത് ഒരു തരത്തിലുള്ള വ്യായാമമാണ് വ്യായാമം കൊണ്ടെന്ത് വരും മസിലുകൾ ഉണ്ടാവും അതുപോലെ ചില കാര്യങ്ങൾ ഇതുകൊണ്ട് സംഭവിക്കും ധ്യാനത്തിനെന്ത് വേണം ആന്തരികമായി തന്നെ മനസ്സേകാഗ്രഹപ്പെടും ഇവിടെ പറയുന്ന എന്തിനും ധ്യാനിക്കാനാണ് അവർ പറയുന്നത് ആത്മാവിനെ ധ്യാനിക്കാനാണ് അത് കണ്ണുകൊണ്ട് നോക്കിയാ ആത്മാവിനെ കണ്ടെറിയാൻ പറ്റും അത് മനസ്സിന്റെ തന്നെ സ്വരൂപമാണ് മനസ്സിന്റേതന്നെ പിന്നാലെ പോയാലേ അതിന്റെ പ്രകാശം നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ അതുകൊണ്ട് ബാഹ്യമായി ഇത്തരം അഭ്യാസങ്ങൾ ധ്യാനമാണെന്ന് പറഞ്ഞ് ആരൊക്കെയോ ആരെയൊക്കെയോ പഠിപ്പിക്കുന്നു ദൈവത്തിനറിയാം ഇതൊക്കെ ഇവിടെ ചെന്ന് ചേരുന്നു ഇവിടെ ഈ പറഞ്ഞു വരുന്നത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇത് മണ്ഡുപൻഷത്തിലുള്ള കാര്യമില്ല ഇപ്പം പറഞ്ഞത് ഇവിടെ പറയുന്നത് യഥാ അത്ര തഥാ സ്വപ്നം ഇവിടെ സംഭവിക്കുന്ന ഈ കാര്യം ഇത് തന്നെയാണ് സ്വപ്നത്തിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാധാന്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൈജസന്റെ പ്രവൃത്തികളാണ് മനോനിലയ്ക്കാണ് ഇവിടെ പ്രാധാന്യം മനസ്സിന്റെ തലത്തിലാണ് സ്രവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പല സ്ഥലത്തും പറയുന്നത് ഇതെല്ലാം നിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന അതുകൊണ്ടാണ് എന്തുകൊണ്ട് ാഹ്യമായ ഈശ്വരന്റെ സൃഷ്ടിയെ നമ്മൾ അൽപ്പമേ സ്വീകരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സൃഷ്ടിയാണ് നമ്മുടെ തന്നെ സങ്കല്പ ലോകമാണ് ഇത് നില തന്നെ സൃഷ്ടിക്കുന്നതാണ് ഇത് നിന്നിൽ തന്നെ വിലയിക്കുമെന്ന് പറയുന്നത് ശരിയാണ് ഇത് ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം ഇവിടെ മാണ്ഡൂക്യത്തിൽ ഇത് രണ്ടും വ്യക്തമായി കാണിച്ചു തരിക അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താണ് ഈ തൈജസ്സൻ ആരാണെന്ന് അറിയാൻ വേണ്ടി നീ സ്വപ്നത്തിനൊന്നും പോകണ്ട നീ തന്നെ വിശ്വനായിരിക്കുന്ന നീ തന്നെ തൈജസ്സനായി ഇരുന്ന് നിനക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിന് ഇരുപത്തിമൂന്ന് മണിക്കൂർ സുപ്തിപ്പെടുക ബാക്കി മുഴുവൻ സമയവും നീ തൈജസനോട് താതാമ്യപ്പെട്ടുകൊണ്ടിരിക്കും നീ തന്നെ നിന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു നീ തന്നെ നിന്റെ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നു അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചുമെല്ലാം അത് നീയാണ് ചെയ്യുന്നതെന്ന് ശ്രുതി പറയും അവിടെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തരുത് ഈശ്വരനെ ശല്യപ്പെടുത്തരുത് അതോ മനസ്സ്യന്തസ്തു തൈജസോബി വിശ്വയവ അതുകൊണ്ട് ഇവിടെ സമന്വയിപ്പിക്കുക നിന്റെ ഈ മനസ്സിൽ നിന്റെ ജാഗ്രത ആയിരിക്കുന്ന ഈ മനസ്സിൽ ഈ മനസ്സിൽ പ്രാധാന്യപ്പെട്ട് ഈ മനസ്സിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവൻ അവനാ വിശ്വൻ തന്നെ ആ വിശ്വന് കുറച്ച് ജോലിയേ ഉള്ളു ബാക്കി ജോലിയെല്ലാം ചെയ്യുന്നത് ഈ തൈജസ്സന നമ്മൾ ഒന്നേ കാണുന്നുള്ളൂ ഒരു ദർശനം എന്തെങ്കിലും ഒരു വസ്തുവായിക്കൊള്ളട്ടെ പിന്നെ അവന് ചുമന്നുകൊണ്ട് നടക്കുന്ന ആരാണ് കാണുന്ന വിശ്വനല്ല ഉള്ളിലിടിക്കുന്ന തൈജസ്സന അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകളെല്ലാം നടത്തുന്നതായിരുന്നു തൈജസ് അപ്പൊ ഈ പ്രപഞ്ചം തൈജസന്റേതല്ലേ ആണെന്ന് പറയുന്നതാണ് കൂടുതൽ ശിക്ഷ അതാണ് ഇവിടെയും പറയും എന്ന് വിചാരിച്ച് നോക്കുന്നതിന് രണ്ടിനി രണ്ടാക്കാൻ പറ്റുമോ അതും കഴിയിട്ടില്ല ഒരാള് അവൻ പ്രഥമക്ഷണത്തിൽ അവൻ വിശ്വനായിരുന്നു തുടർന്ന് വരുന്ന ക്ഷണങ്ങളിലെല്ലാം അവൻ തൈജസനായി ഒടുവിലവൻ പരാജ്ഞനായിത്തീരുന്നു അതെങ്ങനെയാവുന്നെന്ന് തുടർന്ന് പറയും ആകാശേജ ഹൃദി സ്മരണാഖ്യം വ്യാപാരമേ പ്രാജ്ഞ ഏകീഭൂതോ ധനപ്രജ്ഞ അടുത്ത് കാര്യപറയുന്നത് എന്താണ് ആകാശേജൃ വിശുവിനൊരു സ്ഥാനം കൊടുത്ത് എന്താണ് കണ്ണം അതിന്റെ പ്രാധാന്യം നമ്മൾ പ്രാധാന്യം കൊണ്ട് പറയുന്നതാണ് അതൊന്നും അക്ഷരാർത്ഥത്തെ എടുക്കരുത് ഈ കണ്ണെന്ന് പറയുന്ന ഇവിടെ ഒരു കസേരയിട്ടിരിക്കുന്ന ആളാണ് വിശ്വൻ അങ്ങനെയും ധരിച്ചു കളയുന്നത് തൈജസ്സിനൊരു സ്ഥാനം കൊടുത്തു മനസ് മനസ് അന്തസ്തു തൈജസ് അവിടെ മനസ്സിന്റെ പ്രാധാന്യവും മനസ്സിന്റെ വൈകൂല്യവും എല്ലാം നമ്മൾ മനസ്സിലാക്കി പ്രാജ്ഞനൊരു സ്ഥാനം കൊടുക്കണം അതെന്താണ് ആകാശം എന്ന് പറയും ആകാശം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും എന്തിനാണ് നക്ഷത്രങ്ങളെ ചിന്തിക്കുക അല്ലെങ്കിൽ മേഘത്തെ ചിന്തിക്കുക അതൊന്നും ആകാശം അതെല്ലാം നിൽക്കുന്ന ഇടമാണ് ആകാശം ആകാശത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ സങ്കല്പം അങ്ങേറ്റം ചെന്ന ഏതുവരെയും ശൂന്യതാണ് അതാണ് ആകാശം ആകാശത്തിലുള്ള എല്ലാത്തിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആകാശത്തുള്ള വായുവിനെ കാണാം ആകാശത്തിലുള്ള വെളിച്ചത്തെ കാണാം ആകാശത്തുള്ള മേഘങ്ങളെ കാണാം സൂര്യ ചന്ദ്രനക്ഷത്രങ്ങളെല്ലാം കാണാം പക്ഷെ ആകാശത്തെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് താർക്കികന്മാർ പറയും രൂപരഹിതമാണ് ആകാശം കാണുന്നതിനായിട്ടുള്ള അടയാളങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ട് ആകാശത്തിന് ശൂന്യം എന്ന് പറയുന്നു ജാഗ്രത നമുക്കറിയാം സ്ഥൂലമായ വിഷയങ്ങളെ കാണുന്നുണ്ട് അതുകൊണ്ട് ആ കാണുന്നവന്റെ സ്ഥാനം സ്ഥൂലമാണ് എന്ത് ഈ കണ്ണ് സ്വപ്നത്തിൽ അല്ലെങ്കിൽ ചിന്തയുടെ ലോകത്തിൽ രണ്ടും ഇവിടെ പറഞ്ഞു അവിടെ സൂക്ഷ്മമായ വിഷയങ്ങളെ കാണുന്നുണ്ടോ കാണുന്നവന്റെ സ്ഥാനം സൂക്ഷ്മം എന്ത് നമ്മുടെ മനസ്സിലാണ് അതിബാഹ്യമായതിനപേക്ഷിച്ച് കണ്ണിനെ അപേക്ഷിച്ച് സൂക്ഷ്മമാണല്ലോ ഇനി സുഷുപ്തിയിലാണെങ്കിലോ അവിടുത്തെ അനുഭവം തോന്നു എന്താണ് അവിടുത്തെ അനുഭവം നമുക്കിത്രയെ പറയാൻ പറ്റും ശൂന്യത അവിടെ ഒന്നുമില്ല അപ്പം അത് കാണുന്നവന്റെ സ്ഥാനവും ശൂന്യുണ്ട് അതിനാണ് ഇവിടെ ആകാശമെന്ന് പറയും ആധ്യാത്മികമായ ആകാശമെന്ന് പറയും ഈ പുറമേ കാണുന്ന ആദ്യ ഭൗതികമായ ആകാശം ഈശ്വര ആകാശം അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രാജ്ഞനോട് ചേർന്ന് ആ പ്രാജ്ഞന്റെ ഇരിപ്പിടമായൊരു ശൂന്യതയുണ്ട് ശൂന്യത പോലെയുള്ള ഒന്ന് ശൂന്യത എന്ന് പറഞ്ഞാൽ ശരിയാകും ശൂന്യത പോലെ ഒന്ന് ശൂന്യത പോലെ എന്നു പറയുന്ന എന്തുകൊണ്ട് അതിനെ നമുക്ക് സ്ഥൂലമായി സങ്കല്പിക്കാൻ കഴിയും സൂക്ഷ്മമായി മനസ്സായി സങ്കല്പിക്കാൻ കഴിയും അതിനെല്ലാം കാരണമായി ഒന്നായി സങ്കല്പിക്കുക അതിനെക്കുറിച്ച് സങ്കല്പിക്കുക ശൂന്യത എന്നുള്ളതിനപ്പുറം അതിനെക്കുറിച്ച് മറ്റു അനുഭവങ്ങളെന്ന് അതുകൊണ്ട് അതിനെ പറയുന്നത് എന്താണോ ഹൃദയം ആകാശയുടെ ഹൃദയം ഹൃദയത്തിൽ എന്ന് പറയുന്നു ഹൃദയാകാശം എന്ന് പറയും ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടാണെന്ന് ധരിച്ചടിയേ സ്മരണാഖ്യവ്യാപാരപരമേ സ്മരണവും അവിടെ ഇല്ലാതാവുന്നത് അതായത് ഇവിടെ മൂന്ന് അനുഭവത്തിന്റെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് പ്രത്യക്ഷമായി കാണുന്നു പിന്നെ അതിനെക്കുറിച്ച് സ്മരിക്കുന്നു പിന്നെ ആ സ്മരണയും നിലയ്ക്കുന്ന അവസ്ഥ സ്മരിക്കാതെയിരിക്കുന്ന ഒരവസ്ഥ സർവസാധാരണമായി പെട്ടെന്ന് നമുക്ക് പിടികിട്ടുന്നതല്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ട് ഉണ്ട് ശൂന്യമായതുകൊണ്ട് തന്നെ നമുക്കതിനു വ്യക്തമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഉണ്ട് എന്നുള്ളതിനെന്താ തെളിവ് അനുഭവം ഉണ്ടാകുന്നതാണ് അത് നശിക്കുന്നത് സ്മൃതി അല്ലെങ്കിൽ സ്മരണം ാണ് നശിക്കുന്നത് വർഷം നശിച്ചാൽ അതിന്റെ ഇല്ലായ്മയിൽ അത് ശേഷിക്കുന്നതാണ് ഈ പറയുന്ന ആകാശം ഒന്ന് നശിക്കണമല്ലോ ഇതെവിടേക്ക് പോയി അനുഭവം നശിച്ച അത് സ്മൃതിയെ അവശേഷിപ്പിച്ചിട്ടാ നശിച്ച നമുക്കറിയാം അനുഭവത്തെ പിന്തുടർന്ന് നമ്മൾ സ്മരണയുണ്ടായി ഈ സ്മൃതി ഇത് നശിച്ചല്ലോ അത് പിന്നീട് ഒന്നിനെ അവശേഷിപ്പിച്ചിട്ട് പിന്നെ അവിടെ അവശേഷിച്ച് എന്താണ് ഒരു ശൂന്യത അതിനാണ് ഇവിടെ പറയുന്നത് ആകാശം ഹൃദയാകാശം സ്മരണാക്ഷി വ്യാപാരോപരമേ അവിടെ ജാഗ്രത തന്നെ അനുഭവം ഉണ്ടായി സ്മൃതി നശിച്ചു കഴിയുമ്പോൾ അവിടെ ശേഷിക്കുന്നവനാണ് പ്രാജ്ഞ പ്രാജ്ഞനെ നമുക്ക് മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ടത് ശൂന്യനായിരുന്നു ശൂന്യമായ ഒന്നായതോ വിശ്വനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം തൈസിനെ നമുക്ക് അങ്ങനെ കാണാം അതുകൊണ്ട് ആരും പറയരുത് ആ പ്രാജ്ഞനെ എനിക്കൊന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തി തരണം ചൂണ്ടിക്കാണിച്ചു തരണം ഇല്ല എന്തുകൊണ്ട് അത് ശൂന്യതയാണ് അവിടെ നമുക്ക് അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റും പക്ഷെ അങ്ങനെയൊന്നും ഉണ്ട് യുക്തി നമുക്കറിയാം എന്തുകൊണ്ട് ആ സ്മൃതി സ്മരണ വിനയിച്ച ഇടാം അത് വിലയിച്ചല്ലോ നിലനിൽക്കുന്നു നോക്ക് പറയാൻ വയ്യല്ലോ ഞാൻ കണ്ടു സ്മരിച്ചു തീർന്നു അവിടെയാണ് പ്രാകീഭൂതവും ഘനപ്രജ്ഞതി ധനപ്രജ്ഞനെന്ന് നേരത്തെ പറഞ്ഞല്ലോ സുഷുതിയില്ല അതുപോലെ ഒന്ന് സംഭവിക്കുന്നു ജാഗ്രത്തിൽ സംഭവിക്കുന്നു അതാണ് ജാഗ്രത നമുക്ക് ഭ്രാന്ത് പിടിക്കാതെ ജാഗ്രത സുഷുത്തി ഉള്ളത് കൊണ്ടാണ് മനസ്സ് സദാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക അനന്തമായ ചിന്താ തരംഗങ്ങളായി മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണർവിലെല്ലാം ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു വിശ്രാന്തി വേണം ഒരു റെസ്റ്റ് കുറച്ച് സമയം ജോലി ചെയ്താൽ നമുക്കൊരു വിശ്രമം വേണം ഇല്ലെങ്കിൽ തളർന്നു ശരീരം ശിഥിലമാവും അവയവങ്ങളെല്ലാം വിശീർണ്ണമാവും ഇതൊന്നും ഉപയോഗമില്ലാതായി തുടർച്ചയായിട്ട് പണിയെടുക്കാൻ മനസ്സും തുടർച്ചയായിട്ട് പണിയെടുക്കാൻ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയം എന്നാൽ അതിന്റെ ഇടയ്ക്ക് അതിനൊരു വിശ്രാമ വിശ്രമമുണ്ട് ആ വിശ്രമമാണെന്താണ് അനുഭവത്തിനും സ്മൃതിക്കും സ്ഥാനമില്ലാത്തവര ഓരോ വൃത്തികളും ഉയർന്ന് വിലയിക്കുന്ന ഒരു സ്ഥാനം അതിനാണ് ഇവിടെ പറയുന്നത് ഏകീഭൂതനായി ഖനപ്രജ്ഞനായി നമ്മൾ സ്ഥിതി ചെയ്തു എന്തുകൊണ്ട് മനോവ്യാപാര അഭാവ ഈ മനോവ്യാപാരത്തിനിടയിൽ തന്നെ മനോവ്യാപാരത്തിന്റെ ഒരു അഭാവമുണ്ട് അതാണ് നമ്മുടെ വിശ്രമസ്ഥാനം ഉണർവില വിശ്രമം ആ വിശ്രമമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഉണരുന്നതിനുള്ള ഈ ശക്തി അതിനാണ് ഇവിടെ പ്രാജ്ഞനെന്ന് പറയുന്നത് സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണത് അതെ എന്ന് പറയുന്നത് അത് ഉണർവിന്റെ സമാധി അത് സർവർക്കും അനുഭവവേദ്യമാകുന്നില്ല എന്നാണ് ദക്ഷിണാക്ഷി മുഖേ മനസ്സ്യന്തസ്തു തൈലസ ആകാശേ ജഹൃതി പ്രാ ത്ര ദേ വസ്ത